എന്റെ എന്റെ കാപ്പാലത്തണം വൈനു ദൂരീകരിക്കുക വൈനായി മുഖമൂടി വൈനിന്റെ മറ്റൊന്ന് നോക്കാണ് അപ്പൊ അതാ ബഹുമാകുന്ന വൈനി അതെ ദൂരീകരിച്ചപ്പോഹദത്തെ അയിനീത്തി നൈനായി മാറിയും അപ്പൊ നയനാന്നതിനത്തെ നമ്മൾ യും ചില ചീച്ചന്മാർ ചേർന്നതെന്ന് ചോദിച്ചു അയിനല്ല അന്ന് എവിടെയെന്ന് ചോദിച്ചോ അപ്പൊ പറഞ്ഞ് അത് ലാഭ അബാധക്കാർ നേരത്തെ നിമിഷം പോലെ പറഞ്ഞു അത് ലാഭ അബാധക്കാർ എന്തു പോയിട്ടാണ് നീ ചോദിക്കുന്നത് ആൽ തത്വവും അയനോടൊപ്പം അതിനാണ് ചോദിക്കുന്നത് അയിനല്ല കയ്യിൽ കിട്ടാതാഹിപ്പര്യം അതിന എവിടെ എവിടെ ജയിക്കില്ല അതിനോടൊപ്പം അയിൽ ഇതിന് ചോദ്യമുണ്ടോ കൊണ്ട് വളർത്താം ഭഗവാൻ ഇത്രയും പറഞ്ഞു ആനാഥൈ മം വലി ആനൽമൂലി എന്ന് പറഞ്ഞു ഞാൻ രാജീവായ സാധനമാണെന്നെ കണ്ടാക്കി നബീബ് എന്ന ഞാൻ തന്നെ ധാരണ അവിടെ ഇല്ലേ പറഞ്ഞു അൽക്ക അതിനെ മഹനാ പറഞ്ഞു ومضيهم في عماني ولالعالمين والامر اولوه من نار الا على الذي يضرب ويطعم ارا تظنون ان الذين عنت عن بها وانتها ما تلاطيلهم تهويم يضريجدل الذين يتبنون قلبا قام ذا مضيهم ليترا حالماني في قرمبوتات النماءي കോമ്പോ തിന് പറഞ്ഞിട്ട് ആല്ലി രണ്ടും മലച്ചരിവും അലവും വലിയ മല ഇതെല്ലാം പറഞ്ഞിട്ട് എത്ര അതാണെങ്ങനെ അതൊന്ന് വൻ നമ്പർ കാര്യം അല അലമീ മലന്റെ മുകളിൽ കത്തിക്കപ്പെട്ട തീനക്കാണ് ഔദാഹാരനെതിന് കാര്യമുള്ളത് മലന്റെ മുകളിൽ തീർച്ചാൽ രാത്രി സമയത്താറുക്കുന്നില്ല അതാ അധികത്തോണിട്ട് അതിനകത്താണ് ഔദാഹാനും കാര്യം എന്നിട്ട് മലൻറെ അപ്പുണ്ട് മലിനിപ്പുറം ഉണ്ട് മുന്നിലുണ്ട് നിൽക്കുന്നുണ്ട് അളകോപിക്കുന്നു നീ അന്വേഷണം നടത്തുന്നത് എത്ര പിൻ വാൻഹാൻ തന്നെ ഉണ്ട് അജിമുദ് അജിരോധിക്കാൻ വരുകയായി ആ അതിഹാമനെ കുറിച്ച് നീ ചോദിക്കുന്നു നജുദ്ഹാമ രണ്ടും ഭാഗങ്ങളാണ് നജുരേതാവ് ഉയർന്ന കുന്നും പുറത്തേക്കാണ് നജുദ്ന്ന് പറയുക താഴെ ഹൃദയത്തിനാ പറയുക మకల్ నంబర్ దేతుల్ నినే కొట్టే కడియొడికున్నా ఆలా తెలు ముత్తామిలు ముత్తహమై ముసింద పడియాను తెల్లన తెల్లదిగా పడనేను అని వర్ణమాయి ఐదు వకల్ బిల్ హికమి తికం దరీ రబియల్లాహ్ అనో బోతురుక ఇదల్లాయి బోతురుదక ఇదల్ ఇల్మి బిహి అల్లాహు దేకొండన ఉతూల్ అనో వర్ణనాలి కడియో నింగ ఎస్తరునల్ల అల్లాహు పెట్టిల అరిగినేకు నిజేనల അന്നാളെ പറ്റി എന്താണോ അറിയേണ്ടത് ഉള്ളത് പോലെ അറിയണല്ലോ ആ ഉള്ളാരള്ളതുപോലെ അറിവിലേക്ക് അമ്മ ബൈലാന്നല്ല അമ്മ കരീബാന്ന പരിചയപ്പെടുത്തി ആ കരീബാന്നുള്ള പോലെ നീക്കിണ്ടായ അമ്മാനെ കൊണ്ടുണ്ടായി ഈ ദുസൂലായി അന്ന അദ്ധാരുത്തരം കൊടുക്കുന്നു എന്നാണ് കൊടുക്കാത്ത ഒരൂ അല്ല കൊടുക്കാത്ത ഓരോന്നാ തോന്നും ഏതാണ്ട് എന്ത് കാരണം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തോന്നുന്നു കിട്ടുന്നില്ല അപ്പൊ കൊടുക്കാത്തവരെന്നാ തോന്നുന്നു പക്ഷേ അമ്മ പറഞ്ഞു കരീബും മുജീബും അല്ല പരിചയപ്പെടുത്തിയിരിക്കും അന്നൊട്ടാ വായിരുന്നോക്ക് തോന്നും പക്ഷെ അന്ന അധീമാഅ അന്ന പരിചയപ്പെടുത്തിയിരുന്നു അപ്പൊ അന്നാവിന് എന്താണോ അന്ന ഉറഞ്ഞത് ആ എല്ലാവരും അതുപോലെ അന്നാവിനെപ്പറ്റി അറിഞ്ഞിട്ട് ആ ദോക്കിലങ്ങട്ട് വരുത്താമെന്ന് ബുദ്ധുപോ എന്ന് പറഞ്ഞ അർത്ഥം അടുത്ത് അടിയോടിയും പോകുന്നില്ല മനസ്സോടിയും പോന്നി അത് അടിപൊളിയും പോകുന്നില്ല അത് ഈ ഈ ഈ അറിയിനത്തോട് ഹിജാബ് എന്താണോ ആ ഹിജാബ് എന്ന് ജീവി ഒരു മറ പൊന്തിക്കണ്ട് താമസം കാര്യം അപ്പം തന്നെ ഒരു വെള്ളത്തിനോട്ടിങ്ങനെ മറുപടിപ്പങ്ങനെ പാലം ഒരു പലക വെച്ചിട്ടിങ്ങനെ അപ്പുറത്ത് വെള്ളം ഇപ്പുറത്ത് വെള്ളം പഠിക്കലിക്കട്ടു കാലങ്ങളും അടുത്തില്ല ആ അർത്ഥം കൊടുക്കാത്ത വട്ടം പഴല്ല റബ്ബന യുദ്ധത്തിനത് ഈ ചൈത്തു മറ്റൊരു അർത്ഥം കൊടുക്കുന്നെങ്കിൽ വമ്പു തുടാണ് അവനോട് വേറൊരു സാധനം അതൊക്കെ ഇങ്ങനെ ചേരുന്ന തൊട്ടും അല്ല ഇങ്ങനെ വേറൊന്നിലേക്കും ചേരുന്ന തൊട്ടും രണ്ടും ഭാരം ആ യുദ്ധത്തിന് വിറ്റയിൽ അത് അർത്ഥം ചെയ്യാവൂല അന്നാവനെ കൊണ്ടുള്ള പ്രത്യേകമായ അറിവുള്ള ചേരൽ എന്താണ് മുത്ത ഇനി മറ്റൊന്ന് പറഞ്ഞില്ല അന്നാഹിന്റെ ഡെയ്ലി വഴി ദൂരമില്ലാടോ അമ്മാൻ എന്റെ ഇടയിൽ എത്ര കിലോമീറ്റർ ദൂര അങ്ങനെ വഴിദൂരം ഇല്ല അപ്പൊ അത്രപൂരിലേക്ക് നിന്ന് അവിലുവരിയിരുന്നാ പറഞ്ഞു ആ വഴിദൂരം ഉണ്ടെങ്കിലല്ലേ അസാ പസവിയ ആ രീതിയിലെത്തുക്കാൻ നിന്റെ യാത്ര പോക്ക് അതിലെ ഇങ്ങനെ തിരുക്കി ചുരുക്കി കൊണ്ടെരുത്തു മുഴുന്നിവിടത്തേക്കൊരു കിലോമീറ്റർ യാത്ര പോയി പോയി പോയിട്ട് എന്താ കാണി പറഞ്ഞിട്ട് ദൂരം ചുരുക്കി കൊണ്ടുവരുത്തു അങ്ങനത്തെ ഒരു വെഴുദൂരേ ഇല്ല വന കത്തിയാത്ത വൈനക്ക നിങ്ങളിക്കൽ എന്നതുമില്ല കത്തിയാസ് അന്ന് ഞാൻ എന്റെ നഷ്ടം മുറിഞ്ഞുപോയി അങ്ങനത്തെ ഒരു കത്തിയാക്കില്ല ആ കത്തിയാസിനെ മറിക്കാൻ മാത്രം നീ എന്താക്കണോ ഈ ഭാഗത്തേക്ക് പലതും ചെയ്തിട്ടുവാറ് പ്രീണിപ്പെടുത്തി ആ ബന്ധം മുറിക്കൽ എന്നതിന്റെ മുൻ ചേർത്തി ആ പറഞ്ഞാലും അങ്ങനെ ബന്ധം മുറിയൽ എന്നതും ഇല്ല ഇങ്ങനെ ും എന്ന് പറഞ്ഞതിന്റെ മക്കളാണ് സുഖനാഹന്നുള്ളത് മുൾമുടാറ കൊണ്ടുള്ള ഉദ്ദേശം ഈ ഹിറ്റിയായ ഇതാണ് ഏത് കൊണ്ട് പറഞ്ഞില്ലേ അതിരക്ത മാനന്താർക മാനൻ നീ ഒന്നാമതേതാ തെയ്യം ഉൾപ്പെടെയുള്ള ഇതാക്കി ശരീരം ഊഹം അതിന് ജവാറ എല്ലാം കൂടെ ഈ ദാത്തിനാണല്ലോ നിന്നെത്തു പറയുന്നു ആ നെത്തിൽ നിന്ന് എത്തിക്കും എത്ത് അസരി ആ മാനക്കള നെത്തിൽ എത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശരീരത്തിന്റെ നക്കാൻ പോവാറോന്റെ അക്കാൻ പോവാറു ലഭിക്കും അതുപോലെ തന്നെ ഓൺ പറയുന്നത് ചിത്തിക ആയ ദാത്താണ് ദാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ സുക്കാന്ന് പറഞ്ഞാല് ഏതാ ആമത്ത് നിഹ അതിൽ ഒരു അമ്പത്തിന്റെ അസീയ പണ്ട് എന്ന് പറഞ്ഞ അമ്പാറിന്റെ നൂറാണിയത്തിനാൽ കടക്കപ്പെട്ട പ്രത്യേകം തയ്യാറാക്കപ്പെട്ട അമ്പാറിന്റെ പിതാവിനെ സ്വീകരിച്ചാൽ അത് വിറപ്പിക്കുന്നൊക്കെ ചോദിച്ച ഒരു സാധനത്തിനാ ഇതിലിങ്ങനെ സ്ഥിതി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഒന്ന് മുപ്പത്തൊമ്പത് മുതൽ നാപ്പത്തിമൂന്ന് വരെ അനുസരിച്ച അത്തു മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് അല്ല അതിന് മാന ഒന്നാം ദിവസത്തില് മുപ്പത്തൊമ്പത് മുതൽ നാപ്പത്തിമൂന്ന് വരെ കഴിഞ്ഞു മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ എടുത്തിട്ട് ഈ കൂട്ടുക അടക്കിയിരിക്കുന്നു അപ്പോൾ സാധനങ്ങൾ രണ്ടീനോടി തന്നെ ഉണ്ട് ഓർമ്മയുടെ പരതാ അതാ കാമി ധാത്തിയെത്തിൽ അത് നിന്നിട്ടുണ്ട് അപ്പൊ ഇവൻ ഇവിടെ തന്നെ അതിർത്തി അതിർത്തി തന്നെ ഇറന്നു ഭഗവാനായിട്ട് പട്ടക്കാരും എനിക്ക് തിരിയുന്നില്ല എന്നേ ഇതൊ നമ്പർ വലിക്കുന്നയാ അജ അഗിലംബി തുക്ന അഹറത്തി മിൻ ദാതിഹാ അവന്ദ ദാതിൽ നിന്നെ അഹറത്തിൻ തുക്ന ജാഹിലായ മനുഷ്യ വഹുവ യതബുഹ അവൻ അതിനെ അങ്ങേ ദേരിക്കണ്ടിരിക്കുന്നു യബ്ദി കിറാഹ അനവതമായ വാടി കൊടുക്കുന്നു എന്ന് മുബറ ചൊഴുചാലത്തം തുംമ വംബഹൂ അല ജഹിലിഹി നിഫീൽ അലി കാന സമബംതി ജഹിലിഹി റബ്ബിഹി െ കൊണ്ട് ജാഹിരാവാൻ എന്താ എന്ന് കാരണം നെത്തുകൊണ്ട് തോലായതാണല്ലോ അതാണെ കാരണമായത് അപ്പൊ എന്ന് പറഞ്ഞാൽ മൂപ്പത് വിമർശിക്കുകയാണ് ആരെ ഈ മുഹത്തമിനെ അനാജഹി അവന്റെ നെസ്റ്റ് കൊണ്ട് ഇവൻ ജാഹിറായല്ലോ എന്ന് പറഞ്ഞു കൊണ്ടിട്ട് അല്ലെ എങ്ങനെയുള്ള ജഹിലാണ് കാന ആ ജഹിലാണ് സപപം ഈ ജഹിലെ ൊണ്ട് ജാൻ കാരണം നത്തനുള്ള ജാഹിതം മണ്ണാറപ്പനത്ത അപ്പൊ ഇതിന്റെ ഇതിന്റെ മാരീപത്തിൽ ലാജ്യമാക്കുന്നു പറയുമ്പോൾ നത്തിന്റെ ജഹലം എന്താക്കും പറ്റിയുള്ള ജഹലിനെ ലാജ്യമാക്കും അലാ ജഹി അല്ലെ ഇങ്ങനെയുള്ള ആ ജഹലായിരുന്നു തപബൻ നത്തനെ കൊണ്ടുള്ള ജഹിരി തപബായി റബിനെ കൊണ്ട് കാരണമായി കിട്ടോ നത്തിനെ കൊണ്ടുള്ള മാലിഫത്ത് റബ്ബിനെ കൊണ്ടുള്ള മാര്ഫത്തിന്റെ കാരണമായി പറഞ്ഞി വക്കൈപ്പൊന്നല്ല വാവണ്ടാവല്ലേ എോ മരിച്ച നീ ആരാന്ന് നീ മനസ്സിലാക്കിന മനസ്സിലാക്കിനാ നിന്റെ കഥലത്തിലാന്ന് നീ ആരാന്ന് നിന്റെ സ്ഥാനമെന്ധിയാ ഏ എങ്ങനെ മനസ്സിലാക്കാനോ ഇപ്പൊ തതിരി നീ എങ്ങനെ മനസ്സിലാക്കു നീ പോരിക്കല്ലേന്ന് എങ്ങനെ മനസ്സിലാക്കുന്നു വാ കഥ അതിരി ചിക്കിറിന്റെ വാലി എന്ന് പറഞ്ഞൊരാളുണ്ട് സിക്കിറേതാന്ന് ബുദ്ധി ഉപയോഗപ്പെടുത്താനാണല്ലോ അതിന്റെ അക്കലാകുന്ന വാല് നീന്തൽ പാണഭൃഷനാക്കിയിട്ട് നിന്റെ തടമാകത്ത് കുറിച്ചിറക്കിയിട്ട് വിളവ് ശരീരമാകുന്നതിൽ ഭരണാധിപനായ അകലല്ല ഭരണാധിപനാണ്ട് അക്കലികളം തന്നെ ഈ മൺ ശരീരമാകുന്ന മണ്ണിന്റെ പ്ലസ് ബ്രൈക്ക് ആക്സിഡേറ്റർ ഗിയറ് പിന്നെ സ്റ്റയറിങ് ഹോണ് ഇൻഡിക്കേറ്ററ് എല്ലാം കൈമലാക്കി വടക്കി ഒതുക്കി വരിച്ചറിയില്ല അതിന്റെ അക്കലാൽ എന്ന ഡ്രൈവർ അച്ഛനോ ആ അതാണ് വാടി ഭരണാധികാരി ഈ അക്കലാൻ എന്ന വാല് സ്ഥാന ഭർശനാക്കി കൈയേറിക്കിടക്കി ആര് സഹവാസ് അപ്പൊ സ്ഥാനം കൈയേറുമ്പോ ബ്രേക്ക് പറഞ്ഞ് ഡ്രൈവർക്ക് നിയന്ത്രണം വിട്ടുപോയി നടന്നു പോയി അപ്പം സഹമാസാകുന്ന കൊറേ കൂട്ടക്കാർ പുറകിൽ കൊറേ പഴപ്പക്കാർ കയറിയിട്ട് ഇയാളെന്താക്കി സ്ഥാനം ആക്കിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ശരീരമായി ശരീരം അപ്പൊ നിന്റെ കഥ എനിക്ക് ഇപ്പൊ ഇപ്പൊ തമ്മാടികളല്ലേ വരിക്കുന്നു ശരീരത്തിൽ ഭരണ നടത്തുന്നതില് വാലിൽ പേക്ക് ഒരു താരമുറച്ചിലേക്ക് പോയി തമ്മാടികളെ ഗോറിച്ച് ഇങ്ങനെ ഭരണം നടത്തിരുന്നു അപ്പൊ നിന്റെ കഥ എനിക്ക് ചെയ്യുക ആക്ടിന് വലിക്കാൻ അങ്ങനെ തിരി പൗറത് എന്തും വാത്തതിരി ഈ മനസ്സിലാക്കി മണ്ണി ആരാപ്പത്താതി എങ്ങനെ തീയാരാണു വാന് വാതിൽ തിക്ക് തിക്കിറാകുന്ന വാരി ആ പരാതികളുണ്ടല്ലോ അവനെ അതിരാക്കിട്ട് പകരാത്തു ഏ അത് ഇതെല്ലാം നടക്കേറി ശരീരത്തിന് കൈയാളാൽ മതി അപ്പം വികാരം എന്നതങ്ങനെ മാറിയിട്ട് എടുത്തി വികാരം വരണമേ കയറി വിവേകം കൈമാറിക്കളഞ്ഞു ആര മുമ്പിൽ വികാരത്തിന്റെ മുമ്പിരുന്നു അപ്പൊ ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പൊ നിന്നെ കതറിയിരുന്നു പഴപ്പക്കാരായിട്ട് കൊടുക്കപ്പെട്ട ആളാണെന്നാണ് ഇപ്പൊ തോന്നുന്നു കണ്ടാൽ അല്ല ഭൂമി അലീഫിയ കണ്ടതാണ് അപ്പൊ മതയ്ക്ക് ഇത് കൊണ്ടുപോവന്ന സ്ഥാനത്തെത്തി മയസ്മാ പക്ഷെ അമ്മ പറഞ്ഞു വാലിപ്പിക്കറാ ഭരണാധികം ഭരണനിർത്തുമ്പോഴല്ലേ അലീഫിയാവുന്നു അതിനല്ല എന്ന് പറഞ്ഞ ഈ ഭരണാധിപന് ആരാണ് അതാണ് ഇത് അക്കലെന്ന സാധന എന്നതിന്റെ ഉത്തരവാദി ഏറ്റെടുത്തിന് കാര്യമാക്കുന്ന ആളാണ് ഇയാളാണത് അതുകൊണ്ടാണ് വാങ്ങിന് പേര് ആക്കലിന് ൊണ്ടാണ് എങ്ങനെ തോച്ചു കയറേണ്ടത് ഈ രംഗത്തേക്ക് അപ്പോഴു ഡൂട്ടിയതാ വിനായത്തിൽ സിക്കു അച്ചല്ലി മാത്രമല്ല വായു ആ സിക്കുന്നതും ഈ അക്കലാൽ അതുകൊണ്ടാണ് വാലിൽ സിക്കിൽ അതിന്റെ മരണാധികൻ എന്ന് കഴിഞ്ഞത് അദ്ലുഹു അബിനമീ അദൽ ഫൈദു എന്ന് പറഞ്ഞത് സ്ഥാനപ്രകാര അതിനെ അദ്ലാണ് എന്താ തഹാൻ ദാലിക ഐസൈമാൻ ഉൽഫിക്കുന്ന തൊട്ടട്ടെ അതിനെ അദൽ ചെയ്യിൽ നിന്ന പറഞ്ഞ അല്ലാ ഇസ്തിഗാലുഹു ബിഉദബിഹി വഹവാഉ ഹത്ത ബാഗ അൻ തമറ ഫമാഉലഹു അല്ലാഹു സുബ്ഹാനഹു വതആല അൻ ഹദറത്തുന തൊട്ട് ദൂരമാഗത കരീബി അവ കൊണ്ടും പ്രോധ കൊണ്ടും ഇകാലാവൻ എന്നതാണ് ഏതിന് ആക്കന്റെ സ്ഥാനം ആക്കിയെന്ന് പറഞ്ഞ സ്ഥാനം അച്ഛൻ്റെ നീ ഒക്കു ഞാൻ കേൾക്കട്ടെ ഹവ അപ്പൊ ആക്കൻ്റെ എന്താക്കി ഇവിടെ ഭരണം നടത്താൻ ശരീരം ഭരണം നടത്താൻ സാധ്യമാവാത്ത രീതിയിൽ നമുക്ക് സ്ഥാനം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഈ പറഞ്ഞ പദ്യം മിന്ദു ിപ്പു തങ്ങളുടെ വക്കൽ നിന്നുള്ള ഇത് തമ്പീവൻ ഉണർത്തലാണ് മനുഷ്യനെ ഒന്ന് ഉണർത്തി ഉറക്കത്തിൽ നിന്ന് തത്യത്തലുമാണ് മനുഷ്യനെ ഒരു കുട്ടുവാക്ക് പറയലും കൂടിയാണ് നിന്റെ കടുവം നീ പറഞ്ഞിട്ടില്ല നീ എന്താണ് മഴ പോലും നിന്നുമൊപ്പറ പറയുന്നത് ആ തീയം അന്നം തലീസ ഏ മനുഷ്യൻ നീ ആരാണ് എനിക്ക് തിരിഞ്ഞില്ല വരിമാതാ പോലീസ എന്തിന് വേണ്ടിയാണ് നിന്റെ പടക്കം പറ്റത് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ നിന്നു എന്താണ് അമ്മാവ് വേണ്ടത് വെച്ചു മനസ്സിലാക്കിയിട്ടുണ്ടോ ആൻസൻ അഹ്മാൻ ഈ ലോകത്തിന്റെ മൊത്തത്തിലുള്ള ജത്തുരുക്കമാണ നീ ഈ ലോകം മുഴുവൻ എനിക്ക് വേണ്ടിട്ടുള്ളതാ അല്ലേ വാൻ തൽ അത്തിന്റെ കുടുംബ സമാന അന്തൻ മക്സൂദില്ലാമീ നാഗൻ കൗ കൌനുള്ള മക്സൂദില്ലാമ നീ മാത്രമാണ് നടത്താന്റെ താപനം മുഴുവനും മനുഷ്യരിക്കാൻ സാധ്യമാക്കുന്നത് മനുഷ്യരിക്കുക മനുഷ്യരിക്കു മഴ പെയ്യുന്ന മനുഷ്യരിക്കും ഭൂമി മനുഷ്യരിക്കും അറകൻ കരിയും മീനും ഇറച്ചിയും കത്തിയും തേനിയും അങ്ങനെ അരിച്ചി എല്ലാം മനുഷ്യരിക്കും ഇത് ലമാന്റെ കൊത്തുപോവെന്ന് പറഞ്ഞാൽ വലിയ പദവി പറഞ്ഞല്ലേ അസുഖം മൊക്കെ നോക്കിയാണെങ്കിൽ നീ ആരാ സാധാരണ പോലും ഇന്നും തോലും കൊല്ല ഒരിക്കലും ഒരിക്കലും തൂക്കുണ്ടോ അങ്ങനത്തെ എല്ലി അവരെ തോലും പക്ഷെ ഇതിനുള്ളിൽ അടങ്ങി അത്ര നോക്കിയാലോ പലവട്ടപ്പക്കറ ത നൂന്ന നീ എങ്ങാനും ചിന്തിച്ചിരുന്നുവെങ്കിൽ നിന്റെ ദത്തിന്റെ കാര്യത്തിൽ ചിന്തിച്ചിരുന്നുവെങ്കിൽ റബിന്റെ അണമത് എത്രമാത്രം അന്നമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ആ റബ്ബിനെ കൊള്ളുന്ന കൊണ്ടുപോകും ജന്മിക്കവ കല്വിക്ക ശരീരം കൊണ്ടുപോകും കൽബ് കൊണ്ടുപോകും ശരീരം കൊണ്ടുപോക്ക ഏതാ ബാഹിറായി ബാധെടുക്കും കൽബ് കൊണ്ടുപോക്കവ തന്നെയായി ബാധത്തു കൊടുക്കും രണ്ടുകൊണ്ടും നീ റബിനെ കൊള്ളം കണ്ടും ലാറ്റിൻ ജെങ്കിലും നീയെ തെറ്റി ചെയ്തിട്ടുണ്ട് അടൽത്ത് അടൽ അക്കാദമി ലാക്കിൽ നീയെ താഴേക്കിയിരിക്കുന്നു കപ്പക്കരണത്തോട്ടും എത്തിപ്പാറ തൊട്ടും എത്തിപ്പാറ കണ്ടതിൽ നിന്ന് മറ്റൊരു പാറ ഉൾപ്പെടെ എത്തിബാബു രണ്ടും തങ്ങിയൊന്നല്ലേ എത്തിബാറെന്ന് പറഞ്ഞാലും ടിക്കർന്ന് പറഞ്ഞാലല്ല മഴയും അനാസിനെ ഏന്നിട്ടുണ്ട് ഒരു കാണപ്പെട്ട ഒരു അറിയപ്പെട്ട സാധനത്തിൽ നിന്ന് ഒരു മാധവമെ മറ്റു മധുബോയിലേക്ക് പാലം കെട്ടി കിടക്കലെന്ന് പറഞ്ഞു അതിനിടെ പോക്കിനെന്താ വരു തപക്കറൊന്നും ആ പോക്കുണ്ടല്ല അത്യീറുകൊണ്ടും ചതിയിൽ കുടുങ്ങിപ്പോകുന്ന പടപത്തനങ്ങളെ കൊണ്ടും നിന്നെത്തിനെ നീ ചുവലാക്കി സംശയിക്കേണ്ട അന്നകത്തിന് ബവാർ തീർച്ചയായും നിന്ന ലത്ത് നാറിൽ ബവാറിലേക്ക് മുഖം കുത്തി വിടുപോയിരിക്കുന്നു നിന്റെ നിലടങ്ങിയ ജായിബങ്കാലം നീ ചിന്തിച്ചിരുന്നുവെങ്കിൽ പത്തി റബ്ദിക്ക റബ്ബിന്റെ ശരിക്കോത്തു എന്ന് പറഞ്ഞില്ലാന്ന് പറഞ്ഞിരിക്കും നിങ്ങൾ സ്വന്തം നെത്തിനുള്ളിലുണ്ട് അന്നാ അവരെ നീക്കളിച്ച് ഒരുപാട് കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ബസീറത്തോട് കൂടി കൈകാര്യം ചെയ്യുന്നില്ല അവരസുഖത്തിൽ ആരാത്തുകളെ വിലയിരുത്താൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ബസീറത്തോട് കൂടി ചിന്തിക്കാത്തത് നോക്കാം നീ ആദ്യമായി ചിന്തിക്കും നീ അവര് എത്തിക്ക നിന്റെ ആദ്യം പടക്കപ്പെട്ട അവിടെ നീ ആരംഭിക്കും നീന്റെ തൂറത്തിനെപ്ര കാലമാണ് അന്നാ അവസരത്ത് അടക്കി ബാക്കിയത് അതെ ഒന്നാമില്ല അല്ലെ ഇറക്കപത്താ ഇന ആസ്വദിക്കാൻ താസിലേക്ക് നീ ഇന്ന് മടങ്ങി നോക്കി തനുത്തുപത്തൻ മഹീനത്തൻ വൃത്തികേടായി കണക്കാക്കപ്പെടുന്ന ഒരുത്തുപ്പത്തായിരുന്നില്ല നീ ഒരു മാലിന്യമായി കണക്കാക്കപ്പെടുന്ന ഞുത്തുപത്തായിരുന്നു നീ ചോര ഉണ്ടല്ലോ ഹൈദിന്റെ ചോര തരം മറിച്ചിട്ട് മതീ റഹമി ഉമ്മിക്ക അതിന്റെ ഉമ്മാന്റെ ദുർബാശയത്തിലേക്ക് നിനക്ക് അത് അനുകൂലമായിട്ട് സഹായകരമാകാൻ വേണ്ടിയിട്ട് ദുർബണയിൽ നിന്നിട്ട് ഞാൻ ഹൈവ് ഉണ്ടാവുന്നില്ലല്ലോ ഈ വഴി പണി കൊടുക്കാം ഹൈദ് ചോര കണ്ടെ ഇന്താ ചെയ്തിട്ട് ഞാൻ തരമറിച്ചുകൊണ്ടിരിക്കുകയാണ് ثم درت علاقتاً فنن يلاهي علاك تايماري دقتك الشمائي ماري ثم منغتاً فنن معتك الشمائي ماري أنن نريد من الله ثم بطر سبحانه وتعالى في النير الله سبحانه وتعالى إنه تفصيلة قيارة لذلك تلك المنغتة هذه المنغتة عظم لك لحم لك عصب لك غروب لك دم لك جسد لك لحرم لك كار لك يكتر وعجاء ذلك وعجاء എല്ലാത്തിനും സമാധിക വിത്യാസം വന്നില്ലേ ആദ്യം മുറുമ്പോ ഇതൊന്നുമില്ല ചെയ്യാണ്ട് പോയി അരക്കത്തായ സമയത്ത് അങ്ങനെ തന്നെ അരിഞ്ഞോണ്ട് പോയി മുറോളത്താമി അത്തങ്ങളൊന്നും നടന്നില്ല ഒരു അവസ്ഥ കഴിയുമ്പോഴേക്ക് എന്തൊക്കെ ഉണ്ടാക്കി അതമ്മ അതമ്മ അളമെന്ന് നല്ല കാഴിന്യമുള്ള കാലനാണ് അളമ ഭയങ്കര പിന്നെ ലഹമിനി മാംസത്തിന്റെ അരമ്പ് വേറെ അസബ് എന്ന് പറഞ്ഞ അരമ്പുകൾ വേറെ അതിന്റെ പൈപ്പും സൗകര്യങ്ങൾ വേറെ പിന്നെ ബുറോക്ക് ബുറോക്ക് ചെറിയ ചെറിയ ദമനിയുള്ളതാ അതുകൾ പിന്നെ ഡവ് വേറെ ജസത്തിന്റെ കോളങ്ങൾ വേറുണ്ട് മപ്പ നഗങ്ങള് കാർ എന്ന വ്യത്യസ്തമായ എട്ട് തരത്തിലാണ് അമ്മ തോന്നി കിട്ടുന്നത് പിന്നെ അതിൽപ്പെട്ട ഓരോന്നിനെയും ഒന്നാൾക്കാട് ഹിക്കുമത്തിൽ ഓരോ ഹിക്കുമത് അനുസരിച്ചാണ് ജോയിന്റ് ആക്കിയത് ഓരോന്നും അച്ഛലും ജോയിന്റാക്കി നോക്കിയാൽ സിലിണ്ടറും പോക്കറ്റിലിണ്ടറാ പോക്കറ്റ് ഈ സിലിണ്ടറും ഈ സോക്കറ്റും കൃത്യമായി അളവായത് കൊണ്ടാണ് ഇതിങ്ങനെ കലച്ചിങ്ങനെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് സോക്കറ്റ് അല്പം വന്ന് സിലിണ്ടർ ചേർന്നു അതെങ്കിലും ഇങ്ങനെ ചാടാൻ തുടങ്ങില്ല വിചാരണേ നിങ്ങൾ നോക്കറ ഈ തൊളയും കുടുംബവും വളരെ കരക്ട് അളവെടുത്ത് രക്ഷി കയറ്റുന്നുണ്ട് തൊള അധികം കുടുംബം ചേർത്തു അല്ലെങ്കിൽ ഇത് കിട്ടുക ഇത് വഴി കുറച്ചാൽ ഇതിങ്ങനെ അണുകുപിക്ക് ഇത്ര കരക് വിചാരി ഒരു പ്രത്യേക നിശ്ചിതം നിശ്ചയ ഇത്ര ഇത്ര വലിപ്പം ഇത്രഘട്ടം വലിപ്പം ഇത്ര വലിപ്പം നിശ്ചിത അളവ് വലിക്കുന്ന ആ വലിപ്പത്തിനൊക്കെ ചർച്ചാക്കുന്നു ലൗല ആ ഹിഹ്മത്തില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയെങ്കിലും മാറിക്കൂട്ടാന്ന് വെച്ചാൽ ം കെട്ടില്ലേ എന്തിനു വെറ്റും ചെറിയൊരു വൈകിട്ടം വന്നാൽ ആകാശം നടത്തിയില്ലാണ്ടായില്ലേ എന്നാ ഒരാളെ പ്ലാസ്റ്റിക്കിന്റെ പല്ലു വാങ്ങി പറ്റി പല്ലെല്ലാം തെറ്റാക്കിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണേൽ പാൽ മുട്ടാന്ന് നോക്കും കൂടുന്നില്ല ഇങ്ങനെ ചെറിയ വെല്ലു മെറ്റും ഒക്കെ അടിച്ച് പോയി അവസാന തെറ്റല്ലേ ആ പക്കത്തിനെ പരസ്യത്തിൽ വെരണ്ടി വരണ്ടി വേണ്ടി വേണ്ടി പാകാക്കിട്ട് അപ്പോ ഇത്രയും വരണ്ടന്റെ ആവശ്യമുണ്ടാകുന്ന പണി അന്നാമത്തെ ഒന്നും കൃഷി നോക്കി തുറക്കാനും പോട്ടാനും വളരെ കിളിയല്ല എന്താ ഇത് എന്തായാലും അതാ ലത്തല്ല ജസദും ജസദാന്റെ കോലം കെട്ടിയ താറുമാറായി പോകും എന്ന് നോക്കിട്ട് മൂപ്പറാർത്ഥി ഇത് സൂക്ഷിക്കരുത് ജസ് ആരത്തനുസരിച്ചാ പറയുന്നത് ഉം അന്ന് അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ബോർഡ് ജഡ്ജി ജസ്തുണ്ടാക്കിട്ട് പരിചരിപ്പിച്ചുകൂടെ ചോദ്യങ്ങൾ നടത്തുന്നു ആദ്യത്തെ അനുസരിച്ച് നമ്മള് നടത്താലോ മുമ്പെ തവഹീന്ന് കാണാൻ സൂക്ഷിക്കരുത് ഇറക്കണത് പറയും അതനുസരിച്ചാ പറയുന്നേ ആദ്യം പോയ പറയുന്നേ ഇതിൽ നിന്നുള്ള ഇലാമ ഈ അമോദൽ ജസദീ ജനതൂണുകള പണം അങ്ങനെ എല്ലുകളിൽ പെട്ടെന്ന് എല്ലുകളെ ചെറുതേ ചേർത്ത് ചേർത്ത് ചേർത്ത് വെച്ചിരിക്കും മറ്റേ കഷണച്ചു വെച്ച് വെച്ച് ഇല്ലാണ്ട് ഊഴി അങ്ങനെല്ലാം പോയി പോകുന്നു അളവിൽ ചേർത്ത് വെച്ചിട്ട് ഈ മപ്പാത്തിൽ മക്കനൊന്നായി ജോലി ഈ ചിലണ്ടോക്കറ്റ് നിങ്ങളെ ചെറുതാണെങ്കിലും ജോലി ചിലണ്ടർ പോക്കറ്റ് ആയിരിക്കില്ല അപ്പം അപ്പിയത്തില്ല ഈ കോളത്തിലുണ്ടാകും ുമ്പോ നോക്കിയാൽ മതി അതെല്ലാം കാണാം വാട്ടുപ്പാളിൽ ചില പൂത്തുകൾ ഉണ്ടാവും ഇത് എല്ലാം ഈ പൊയ്ക്കുമ്പണ്ടാക്കും ഇതിനെ ബെറ്റ് കെട്ടുന്ന ജനം മുന്നോട്ടെ വന്നിട്ടുണ്ടാവും ബേജുകളൊക്കെ എരിഞ്ഞു കെട്ടിയിട്ട് അല്ലെങ്കിൽ ജോയിന്റ് പോകല്ലാതി വല്ലാത്ത ഇത് മുഖേന എല്ലാം നടത്തി എരിഞ്ഞു കെട്ടിരിക്കുകയാണ് അതാ പറഞ്ഞ ബാലൻ ചുമക്കും രൂചി കേസുകളൊക്കെ ബെലിഞ്ഞ് ഉണ്ടെന്ന് വടം തക്കൻ നനമം വാൻ എല്ലിന്റെ ഒറ്റ എല്ലാത്തി ഉറച്ചിട്ടില്ല എറ്റ എല്ലാത്തിറച്ചാൽ ഞങ്ങൾ ഇതാക്കി ഹചരി ഒരു ഒരു കല്ലിന് കണ്ണം പോലെ ആവാന്നെല്ലാം ഉം അവർ ഒരു അണം അരക്കണ്ട കുത്തനൊന്നും അവരിണ്ടാവും ഹെറക്കൂ അതിൽ ചിലരുണ്ടാകൂല വനായക്കമോ വല ഇരുത്തും നൃത്തവും ഉണ്ടാകില്ല ഇരുത്തവും വന ഈ ഇറക്കം റഗവും ഉണ്ടാവില്ല തൊഴിയതും ഉണ്ടാവില്ല ഈ കാലത്തിൽയോ ഇത് പുത്തനക്കുന്നത് അയ്യൊക്കെ അനാമിത്താരി നിറ്റിനു അളവ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടത് ആവശ്യത്തിനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആറു വസ്ത്ര പോയാൽ ശരിക്കും ഉണ്ടാവില്ല കറക്റ്റ് അളവിനാണ് വനവുക്കാനോ അലയിൽ ഇപ്പോൾ ഉള്ളതിനാണ് ചക്കരി കൂടുതായി പോയെങ്കിൽ നം സത്യത്തി അരക്കത്ത് ഉദ്ദേശിക്കും ശരീരത്തിന് അരക്കത്ത് ബാധിക്കൂല ചക്രി കൂടിയും ഭയങ്കര കമ്പ്ര പോവും ഭയങ്കര കമ്പറോന്നും ചക്രി അത് ചില്ലാടത്തിയതാ അകപ്പെരുത്തില്ലേ തോ മലാ ഏതെല്ലാം കാലത്തിലാണോ അതിനുപയോഗപ്പെടുത്തേണ്ടത് ആ തോകുപ്പുമ്മ നടക്കാണ്ട് പോകും ഒഴിവല്ലാത്ത ടെൻഷനും ഗുരുതില്ല ചില രോഗങ്ങൾ ഒന്നാ തന്നില്ലേ മടക്കാൻ കഴിഞ്ഞില്ല നോക്കി തുമ്മാ പിന്നിണാഹുനോക്കി ദീനൻ ചെറിയൊരു പദമുണ്ട് മാർദ്ദവം കരിച്ച കരിങ്ങന്റെ പോലെ അല്ല ലീലുണ്ട് പക്ഷേ ഈ വായത്ത ഉപൂപ വലിയ റുപൂപത്തിന്റെ ആയത്തിലാവുന്നത് റുപ്പൂപത്തിന്റെ ഒരു പദം വന്ന രീതിയിൽ ലീലുണ്ട് അതെന്തിനാണ് ലീവത്തിൽ ഇല്ല എല്ലുകൾക്ക് ഉണ്ടാകുന്ന യുഗത്തിൽ അതിലുണ്ടാക്കണം പദം കെട്ടാൻ പഠിക്കാൻ ചെറിയ ഒരു അറുകൊണ്ടിരിക്കും വയറിക്കുമ്പോഴേപ്പിൽ താഴ്ക്കെന്താകും ൊടി വരാൻ തുടങ്ങില്ലേ ഉപ്പൂപത്തിന്റെ ടാങ്കിറ്റ് പൊടി കോടി പോകും അതിന് നമ്മ ഗ്രീസ് തന്നെ കൊടുത്തിട്ടില്ലേ ആ ഉപ്പൂമത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ തീരെ കറങ്ങത്തോണിങ്ങനെ പൊടി ഒന്ന് ചെവുകയും അതിന്റെ ചിന്തത്തിരിയും മത്തനമല്ലാമിന്റെ ഉത്തൂപത്തി അതിന്റെ ആ ഉപ്പൂപത്തെ കാരണത്താ ഇറാമിന് ശക്തിയും കിട്ടണം അല്ലെങ്കിൽ എന്റെ ടാങ്കിറ്റാടി കൊന്നുപോയി അപ്പൊ ഒന്ന് ചേർത്ത് ഒന്ന് നിർദ്ദേശം വനവുലാതാലിക്ക അപ്രകാരം അമ്മാവു ചെയ്തിട്ടില്ലെങ്കിൽ നാപ്പും എന്ത് കിടക്കുന്ന കുമ്പത്ത പച്ച നായി പോവുമായിരുന്നു നന്നോട്ട് കുമ്പക്കുണ്ടാവും ചിന്താഗ്രഹ കായിരുന്നു പോലും എന്ത് മാതിരിയാവും പിന്നെ കുറെ കാലം നന്നോണ്ടോ മാതരയ്ക്ക് പോകും നിങ്ങളൊക്കെ ചെറുതായി വൻഹളമീളാമോ ശരീരത്തിന്റെ ഘടനാകെ കൊല ഊർന്നു പോകുമായിരുന്നു അത് ഞാൻ ചെറിയില്ല അലത്തി അലത്തനുസരിച്ചാ പറയുന്നേ വന്നില്ല അങ്ങനെ അയിപ്പോ നന്നാക്കണ അലത്ത് ലഹമിനെ പറഞ്ഞ തുടങ്ങിയത് എല്ലും ഞാൻ ഇങ്ങനെ ആദ്യം ചെയ്തോ ലഹമു എന്നിട്ട് ആ അതിനെ കൂടി എല്ലിനെ കൊഴപ്പൂടി ചേട്ടൻ മതിയെ എന്ന എല്ലാ കടലുകളും അതുകൊണ്ടിരിക്കും ഒരാ മാംസം മറ്റു മാംസത്തിൽ പേച്ചുകൾക്ക് വ്യത്യാസമുണ്ടെന്നാലും അതുകൊണ്ട് പ്രവചനങ്ങളുടെ വ്യാസമുണ്ട് വാഅത ദിലത്തെ ഹൈഹത്തുൽ ജിത് ജബി ചരിരത്തിൽ ഹൈഹത്തു നമ്മത്തുള്ളായി വന്നിരിക്കയാണു മോന ഗദ തർ പോഫിന്ന് തില്ല ഒരു ഭാഗത്ത് കുമ്പൈത്ത് വന്നിതില്ല അത കൊർക്കല്ലല്ലല്ലല്ല വെള്ളി വത്തബക്ക് അദാ ഉമ്മ ഖലഖല്ലാഹു സുബ്ഹാനഹു വതാലാ അലൂഖ ഫീ ജമീഉൽ ജസ്ദി ചരിരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ഓരോ ദമലികളാണ് അല്ലാഹു തആല അതിൽ സൃഷ്ടിച്ചിരിക്കുന്നത് എന്താ പൈപ്പ് വെച്ചാൽ ചെറുതാണ് കാരണം കണ്ണിൻ്റെ ഉള്ളി എഴുതുന്ന ഞാൻ വെച്ചിട്ട് ഇപ്പൊ ധോമത്തിനകത്താണ് നൂറോറങ്ങി ചെറിയ വണ്ണത്തിലാണ് എന്റെ സിക്കിസ് അപ്പൊ അത് അവളോടുകൂടി പൈപ്പ് ആണ് ആ പൈപ്പിൻ ചുള്ളിന്റെ ഭാഷ ഗ്യാസ് എത്രയൊക്കെ ഉണ്ടായി ഈ പൈപ്പ് കുടിച്ചിട്ടാണ് പരിധിന്റെ വണ്ണം എത്രയാ കണ്ണിനുള്ളി കുടിക്കുന്നില്ല ഞാനിയാൻ ഇങ്ങനെ ചെയ്ത് നാലോ ിൽ ഗവൺമെന്റ് ഞാൻ തെരഞ്ഞെടുത്ത ജലാവിയിൽ അതിങ്ങനെ ഓരോ ഓവു ജാലുകളാണ് ഇതിന് ഇനി ജറയാനുള്ള നില ആയിട്ട് ചെയ്യാൻ നമുക്ക് ഇരിക്കുന്ന ഭക്ഷണം എന്താക്കണം വെളിച്ചെടുത്തിട്ട് അതിന്റെ റിറ്റാർണേഷൻ കാര്യങ്ങളൊക്കെ കൂടി മുഴുവൻ അപ്ലൈ ചെയ്യാൻ കഴിക്കുന്ന ഭക്ഷണം അരച്ച് പാതാക്കിയിട്ട് ഞാനിന്നെ മണി വലിച്ചെടുത്തു ആ അതി കണ്ടിയും വണ്ടിയല്ല മുറത്തു പോകുന്നുണ്ട് രാവിലെ അത് ഈ രംഗങ്ങളല്ല ഈ ജരാവിൽ കൂടി അങ്ങനെ അള്ളാഹുസനം ഇത് അർക്കാലം ജരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും ലിക്വിഡിൽ ജി അതും ആരവുമിരലുള്ളവഴി അതമ്പുകളിൽ പെട്ട നി അന്നം ഓരോ അംഗങ്ങൾക്കും ഉണ്ട് അത് ചെറുതുകൊണ്ട് വിരുദ്ധമുണ്ട് തിറമ്പിക്കും ഭാഗമുണ്ട് ആ ഒരു അതിലുണ്ടാവും പിന്നെ ഓരോ പ്രകാരം ഉണ്ടാവും കക കക ഏതെങ്കിലും ഭാഗം ഉണ്ടാവും ഇത് തൊരോടൊപ്പം ബാക്കിയില്ല അതിന്റെ ആദ്യത്തിന്റെ അളവട്ടെ വലുത് ആകത്തോ അതിനെ തിരിച്ചിരിക്കട്ടെ ഈ ഭക്ഷണം എടുത്തിറമിമി ഇന്നുള്ളതിനേക്കാണ് അധികമായിരുന്നുവെങ്കിൽ അവനക്കഥ അല്ലെങ്കിൽ ആ കഥ എന്നെ കുറഞ്ഞു പോയെങ്കിൽ ആ വരാ കൈരി വാങ്ങിയാലേ ഇങ്ങനെ തർത്തീപി ഇന്നാക്കപ്പെട്ട ഈ തർത്തീപിൽ നിന്ന് ചെറിയൊരു മാറ്റം വന്നു പോയെങ്കിൽ തൈയമ്മിനെ ഗസതി ശരീരത്തിൽ നിന്ന് ഒന്നും തനിയായി പ്രവർത്തിക്കൂല ശരീരം നിന്നും പ്രവർത്തിക്കൂലെന്ന് പറഞ്ഞു എടുക്കുന്ന അവരൊന്നുമില്ല ആയിക്കാരൊക്കെ തലത്തിന് തൊട്ടു പോകൊന്നും സംഭവിച്ചില്ല ഒന്നുമില്ല പക്ഷെ ഭക്ഷണം കഴിച്ചാൽ രണ്ട് രുചിയിൽ നിന്നും മറ്റു രുചി കുറവില്ല അപ്പൊ തിരിച്ചു രുചിയാറ് ചെയ്യാൻ വേണ്ടി എന്തായാലും പ്രത്യേക സമ്പാദന അവിടെ ഉണ്ടാക്കിയുണ്ടല്ലേ അല്ലെങ്കിൽ കണക്ട് ചെയ്തു ഒരു മുട്ട് തലക്കെ കുട്ടി കുട്ടി ആക്കിയില്ല എന്താ കഴിച്ചാലും ഇന്നുണ്ടാവില്ല അപ്പൊ നമ്മളെ കൈവല വള്ളം കോഴി അല്ല രുചിയറിഞ്ഞില്ല അതുപോലെ വാരി വള്ളം കോഴി ഒന്നുമില്ല ഉപ്പില്ല പൊഞ്ഞില്ല മലരോ ഇല്ല ഒന്നുമില്ല ആത്മഹത്യ അനുഗങ്ങളെല്ലാം വരും നമ്മൾ എന്തെങ്കിലും അഫീമ കൊണ്ട് ലഭിക്കും എന്ത് ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം ചെയ്യുന്ന ആദത്തൻ അളു ആദത്തോ തന്നെത്ത് നടത്തുന്നു പിന്നോക്കി ഞരമ്പുകളിൽ കൂടി നടത്തുന്നു തയ്യാറൻ ഒഴുകുന്നതാണ് അതോടൊപ്പം ഹാ ഇളന്നല്ല ഹാ തിറന്നത് അന്താ വേണ്ടത് അതെങ്ങനെയാ ആ സ്ഥലം നന്ന ചെറിയ ഒരു കൊഴുപ്പോട് കൂടി പച്ച വെള്ളം പോലത്തെ കഴിച്ച കയ്യാലല്ലല്ലോ അങ്ങനെയാണ് രഥത്തിന് ഈ മഹിമയല്ല അതനുസരിച്ചൊരു കൊഴുപ്പുണ്ടാവല്ലോ ഒരേ കയ്യാലാണ് അതോ അങ്ങനൊരു കൊഴുപ്പുണ്ട് കഴിച്ച വെള്ളം പോലല്ലല്ലോ ഉള്ളത് അതിന്റെ അടങ്ങിക്കൊണ്ടുള്ള ഒരു കൊഴുപ്പുണ്ടല്ല അപ്പൊ ചെറിയൊരു കൊഴുപ്പോട് കൂടിയുള്ള കയ്യാല് ഹസറ നന്ന ക വെണ്ണ ഒഴിക്കേണ്ട കട്ട് ചെയ്തു വയ്ക്കും ഒരിക്കാൻ ഉണ്ടാക്കും ആ പുറ എന്നാ പറയാ കൊഴുകും ഒറ്റാനുണ്ടാവും കൊളുത്തും അപ്പൊ തെരഞ്ഞെടുപ്പ് കൊഴുപ്പോലും കൂടിയെല്ലാം കായിലായിട്ട് മാറി വലവാന വ്യാപിസൻ ആ വാക്സില് കട്ട് ചെയ്യാൻ നല്ല കൂടിപ്പോയി എന്നാ ഉണ്ടാവില്ല ഞാനി കുഴുകി അല്ലിപ്പോ കൊളസ്ട്രോളിനും മറ്റേ ചില ഉണ്ടാവുന്ന പറഞ്ഞാൽ കൊടുപ്പ് കൂടിപ്പോന്നല്ലേ അറിയുന്നു ജനങ്ങൾ കടി ഉടങ്ങിനില്ല കത്തി കുറഞ്ഞു പോയാലോ രസത്തിന്റെ ഗുണമുണ്ടാവില്ല പച്ച നിർത്തി മീൻമാറുപോയാലും എല്ലാം കത്തി കൂടി പോയാൽ അനുമതി കൂടി ഓടാൻ കഴിയില്ല ഇവിടെ വെക്കാൻ അൽസ മീൻമാറുപോയാലേ ഇതിനെക്കാളും നേർത്തു പോയി നോക്കാം എന്നാലും ആൾക്കാർക്ക് അതിൽ നിർ ആവശ്യമായി കൊടുത്തു വിട്ടാതെ പോകും ഭക്ഷണം ഓട്ടം കിട്ടണല്ലോ ം തത്തകമ്പിത്രം ലം തത്തത് ഈ രക്തത്തിൽ കൂടി പോട്ടണം കിട്ടുന്നുണ്ട് ശരീരത്തിന് പോട്ടണം കിട്ടാതെ പോകുമ്പോൾ പള്ളർക്കുമുടങ്ങനൊരു പൂണ് അറിയുണ്ടോ എന്താ കാര്യം തന്നെ പിന്നെ പൊതിഞ്ഞിരിക്കുന്നു അല്ലേ പൊതിഞ്ഞിട്ടുണ്ട് ഒരു കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട് ൂ പുല്ല ശരീരം മുഴുവനത്തിനെയും അറ പൊരി കൊണ്ടു മൂടിയിരിക്കുകയാണ് കല് വലിയ അതെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ അവസാനി തോന്ന ആ മാംസന്റെ വസ്തു കാ എന്തിനു പറ്റൊന്ന് പറഞ്ഞാൽ തോന്നി കാണാം വക്കീദാരിക്ക് അതിലാണെങ്കിലോ അലാക്കുഹോ അവന്റെ അലാക്കന്റെ ആദത്ത ൻ എന്തൊക്കെ ആദത്തനുസരിച്ച് അതാ തോരും ഇനി നോക്ക് ഈ തൊലിന്റെ മേലെ രോമം അതിന്റെ രോമത്തിന് അള്ളാഹു താരമൂടി അത് തൊഴിലെ കാക്കാൻ വേണ്ടിട്ടുമാണ് അത് ഭംഗിക്ക് വേണ്ടിയുമാണ് ഈ മാന ഈ ചില സ്ഥാനങ്ങളിൽ ഈ തൊഴിലിൽ അമിതമായി തോടും നടക്കാൻ വേണ്ടിട്ടാണ് ഈ രോമം ചില ഭംഗിയും കൂടിയാലോ അതിന് പകരമാക്കിവാസം അർത്ഥത്തിനു ഈ ലഹമ്മിലെ കാലത്തിൽ അറിയിക്കുന്ന തോന്നി കുടിക്ക സ്ഥാപിച്ചിട്ടുള്ളത് എന്നല്ല പറയുന്നു അതെന്തിനാല് അതിന്റെ ഉപകാരത്തിനിക്ക് പൂർത്തിയാകില്ല അല്ലെങ്കിൽ തടയുമല്ല ദുർഗാവിന്റെ പറ്റിയിരുന്നാണെങ്കിൽ തടയാനങ്ങൾ പോയില്ലേഫണ്ടാവും അല്ലെങ്കിൽ വടിയൂന്നി അതിന്റെ ഒത്തുല്ല രീതി കൊണ്ടും അല്ല മാറാവുണ്ട് ولا يميز عنها الله ظهاره هو تعالى كارم يا بيتا தன்னা উড়ঙ্গাকিলা আর মারদমুল্লাহি ইয়াভি সতম তোকাঙ্গি পুত্তন দেইছাওলা আদমদাও মিছলা ওসিল্লি বরি সূরিন্দ মোলে মোরে ইয়াভি সাকিলা যদি লওকানে কাদালিকে আঙ্গরে আইপও엥লি দম যেন আইতে জীবিত থুঁন্ডাওলা পোয়া করলে নেতিgene পুত্তন মুল্লাহি গেনি বিন্দা পিন অর্থম ില്ലേ അതിനാക്കി നിക്കുവാനുള്ള വസ്തുവാക്കി വരവുനാതാലിക്ക അതില്ലായിരുന്നുവെങ്കിൽ മറ്റുള്ള ണ്ടല്ലോ ഇതെല്ലാം എന്താ കണ്ണിന് എത്തിക്കും അച്വാജിബിനെയും അമ്മാവാസിൻ അനാവതിൻ ഒരു സ്ത്രീയിലാണ് യഥമത്കറും ഈ തുഹോരസിനാവുന്നോ ഈ നാവർ നോക്കുന്നാട് നോക്കേണ്ട ഉദ്ദേശത്തിന്റെ അവസരത്തെന്താണോ അത് പൊന്തിക്കാൻ കഴിക്കണം ഇത് പൂട്ടിക്കഴിഞ്ഞാൽ ആ രീതി കൂട്ടി അത് നിന്ന് വൈകി പിന്നെ കുടിയിക്കാൻ വീടല്ല ആ രീതിയിലാക്കാതെ പൊന്തിക്കാൻ ഉദ്ദേശിക്കും പൊന്നുന്ന പൂക്കാൻ പൂർത്തുന്ന ഒരു ഹാഹിയാ അത് പൂട്ടി വെക്കാനും കഴിയണം അഞ്ചമിഴി കണ്ണിന്റെ മുഴുവനത്തിന്റെ പൂട്ടി വെക്കാൻ കഴിയണം എന്ത് ഇറാതെ കാഴ്ച കൊണ്ട് ദുന്യാവിലോ ദീലോ ീനിലങ്ങനെ അറാമായ കാര്യങ്ങളൊക്കെ നോക്കുമ്പോ ദുന്യാവിലേക്കോ ദുഞ്ഞാവിലോ ബീനിലോ ദീനിക്ക് ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യത്തിലേക്കൊന്നും നോക്കണ്ട എന്ന് വെച്ച് പൂത്തി വെക്കാൻ ഉദ്ദേശിക്കുമ്പോ ഒരാളിക്ക് താഴ്ച മറക്കും വെള്ളം പോലും വരാത്ത രീതി അല്ലേ കൂട്ടുണ്ടാകുന്നത് വേണ്ടല്ലേ അവര് കുറെ രംഗത്തെ ആൾട്ടനെയൊക്കെ ഉള്ളതും ഈ ഗ്രാമത്തിന്റെ ആട്ടനെയൊക്കെ ഇവിടെ ഉണ്ടാവും അതോടെ പറഞ്ഞില്ല ഒമ്പത് വയസ്സിൽ ഞാൻ പറഞ്ഞു എഴുന്നിരിക്കാണ് വടങ്ങി ഏഴ് വഴി ഓടിക്കുന്നത് ഇങ്ങനെ പൂജ്യം എന്താ പറയുക കൂടുമ്പോ അതിൽ നിന്ന് ഇങ്ങനെ ബോട്ടിൽ നിന്നാണ് അത്യങ്കിലതിന്റെ രോമങ്ങൾ നമ്മൾ താര ഒരേ തപ്പാതില വെച്ചിരിക്കുന്നു ഞാൻ മുഖത്തോടെ പെഞ്ഞിമുറച്ചാണെങ്കിൽ നോക്കിയ കാണൂലല്ല അന്നിനും മക്കേ ഈ അടയില് തപ്പ് തപ്പ് തപ്പിലന്നെ തുടങ്ങി അടയിലെ കൂടി നോക്കി കാഴ്ച അപ്പം വാങ്ങാക്കിരിക്കും രണ്ട് പമിന്റെ മേല രണ്ടും കൂടിയിലും കച്ചു മതി അതുകൊണ്ടെന്താ ഹൽക്കിനെയും പന്നിനെയും കാത്തു തൂപ്പിക്കാം വായരെ കുന്നിലെ കുടി വല്ലതും അച്ച വാഹനങ്ങളൊക്കെ തൊണ്ടയും വണ്ടായി കുണ്ണിലെ കൊന്നും പോകില്ല ബി ആ കാറ്റുകൂടെ തൊട്ടും ഒരുപാട് പൊടി പഠനങ്ങൾ തൊട്ടും കാറ്റുകൾ വരുന്ന പൊടി വരുന്ന എന്റെ പായീന്റെ കുട്ടി വയം പതിനാരി തുറന്നു കിട്ടും വിതഹൂലത്തിൽ എളുപ്പത്തിൽ തന്നെ തുറന്നു കിട്ടും തുറക്കം പറം വേണ്ട ഇന്ദൻഹാരത്തിൽ ലീവിട്ടാൽ തുറക്കണമെന്ന് വിചാരമേ പോലും അപ്പൊ നോക്കിയിരിക്കുന്നു ആരക്കണം കണ്ടു വെച്ചു കഴിഞ്ഞാൽ കൂട്ടൽ ആരണ്ടാക്കിയാൽ കണ്ടില്ല മാത്രമല്ലാതെ രണ്ടിൽ മറ്റൊന്നിറങ്ങിയിട്ടുണ്ട് ഇനി കമാലിൽ നീനത്തിവ ഇനി ആ പൂർണ്ണമായ നീനത്തുണ്ട് ഈ തുണ്ടങ്ക നൽകുക അതിന്റെ ബലിലായി കൊണ്ട് പല്ലുകളെ പടച്ചിട്ടുണ്ട് لأنه يتمكن بها من قطع مركونه وطحنه مغفوظ عسابنا برشايا للهوم، عركانا للهوم، برشايا للهوم، برياوشا لكم هذا يوم من قامنا بها أن يقول لهم هذا يوم من قامنا ولم يخدك له الله سنانا عالم ذنبه ورسول الله الذي يقول لهم نور دلاله عمّن القلقات لأن الله يلرى بأمه في حال رمائه ملوركنا وثرف الدمارة مرتفت لله دلاله ഇപ്പം പല്ലു വേണ്ട ഇപ്പം വല്ലൂർത്ത് ഡെമോക്രാൻ റെസ് കിട്ടുന്നു ആ വസരത്തിൽ പള്ളിന് ആവശ്യമില്ലല്ല പോലെ പുതിരവല്ലി വളവു വയ്ക്കാൻ പല്ലു വേണോ അതുകൊണ്ടാണ് അത് കൊച്ചു അവൻ വൈഫാണ് അമ്മ കത്തുപം ഇതെല്ലാം റണിയെത്തി കടുത്ത ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ പല്ലുകൊണ്ട് ചവക്കണ്ട കടുത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ അവതാവ് പുതിരവല്ലി പുനരന്ന അവന്റെ പകരം കൊടുത്തന്താഉ പകരം കൊടുത്തിരിക്കുന്നത് അപ്പാലെ പിരിക്ക് തണുപ്പ് കാലത്ത് ചൂടണവാലായിരിക്കും ചൂടുകാലത്ത് തണുത്തവാലായിരിക്കും ഈ ഏ സി എന്താ വന്നത് പറ തണുപ്പ് കാല വരുമ്പോൾ ചൂടാക്കിയത് ഓ കൂടുതുകാലം വന്നാൽ അന്റെ മാറ്റുന്നു എല്ലാവരും പലമ്മ കവിയ ഈ കുത്തിക്കിലേക്ക് ചക്തി പ്രാപിച്ചപ്പോൾ അച്ഛനി കടുപ്പമുള്ള ഭക്ഷണം കഴിക്കാൻ ഭാഗമായപ്പോൾ ഹലകലഹുല്ല അന്നേരമാണ് പല്ലുകൊടുക്കുന്നത് അതുകൊണ്ട് ഭക്ഷണം ലൗജ്വലത്തിൽ വായു വെച്ച് നോക്കാം പിന്നെ അത് കിട്ടാത്ത ഒരൊറ്റ ഒരു ഭക്ഷണം ഒരു കിത്യത്തായിട്ട് അങ്ങനെ ഒറ്റ പൊന്നത് സാധിക്കില്ല പൊന്നത്തോട് കുടിക്കില്ലേ ചെറിയ തേപ്പറ്റി കുടിക്കൊന്നില്ലേ വ്യത്യാസം വാഹി അപ്പൊ എന്താ പറയുക ഉള്ളിക്ക് ഇതിൽ നമ്മൾ വ്യത്യാസത്തിൽ വിടാൻ സാധിക്കില്ല അപ്പൊ കൊയ്യ ഹെത്താതിലാ സാഹുവനത്തിൻ അപ്പൊ പൊടിക്കുന്ന ഒരു ആശങ്ക ഒരു ആവശ്യം പൊടിക്കാത്ത ഉപയോഗിച്ചിട്ട് പൊതിക്കണം ഭക്ഷണത്തിനൊന്ന് പൊടിക്കണം അപ്പൊ ഇതിനെ അള്ളാഹ തലാമ രണ്ട് എന്തി കിട്ടിയിട്ടുണ്ട് ആ രണ്ട് എല്ലുകളില്ലായിട്ട് പോലെ പള്ളി കിട്ടിയിരുന്നു അന്നറപ്പള്ളി ആണപ്പിന്റെ മേലു ഇതായതല്ല ചപ്പക്കാന്ന് പറഞ്ഞാൽ എന്താക്കും ഇങ്ങനെ മുട്ടി നിന്നാല് ഇതിന്റെ മഴയുള്ളത് ഇതിന്റെ കുയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലേക്ക് ആവുമ്പോഴും ഇങ്ങനെ മറ്റ അങ്ങോട്ട് പന്താകാൻ അല്ലെങ്കിലോ ഇതിന്റെ മണയും മണയും മുട്ടിന്ന ഉള്ളി കേക്ക് വരുമല്ല അവൻ മിടിയ കുയി ഈ കുയ്യുള്ള സ്ഥലത്തേക്ക് മറ്റേ മഴ ഇത് എന്റെ കൂടെ കൂട്ടിന്ന ആ സ്ഥലത്തിൽ ഉണ്ടാക്കും പപ്പിക്കായിട്ട് നാലടി ഒരു താഴെമൊട്ട വെച്ചാൽ കിട്ടാത്ത രീതിയിൽ ല്ല അത് മുറഞ്ഞ പോകാനല്ല ചെറിയ കേപ്പുണ്ടെങ്കിൽ മെരിഞ്ഞു പോവല്ല മീനല്ലൂരില്ല മേൽ ഭാഗം താല് ഭാഗത്തിലേക്ക് അപ്പൊ മേലപ്പുണ്ട് താല് അടപ്പല്ല ഇപ്പുറം കുര്യാണപ്പുറം മൊഴിയായിരിക്കും ആ രീതിയിൽ ഈ പറഞ്ഞ മുഴുവൻ കഴിക്കൂല അത് പറഞ്ഞ അവിടെ തന്നെ മിനിറ്റുള്ള വെള്ളം ആക്കി പുറത്തുള്ള മിനിറ്റം വഴി എവിടെയാണെങ്കിൽ േ ആ പെരുമിപ്പിനെ ഉരുമിക്കൊക്കെ ആ രണ്ടളപ്പം ഉപയോഗിച്ചു കൊണ്ട് ഭക്ഷണത്തിന് പൊടിക്കാൻ പഠിച്ചത് കുമ്മഹാമോ പിന്നെ ഭക്ഷണം ഒരു തരത്തിലുണ്ട് താറത്തഞ്ഞ് ഹെറ്റാതീതൽ കത്തിനി കൊത്തിക്കലേക്ക് മുറിക്കലിലേക്ക് ആവശ്യുന്നുണ്ട് ഏ ആ താറ തന്നെ ഹെറ്റാതീതൽ കത്തിനെ മുറിക്കലിലേക്ക് ആവശ്യമാറുന്നുണ്ട് <Greans> and ി അങ്ങനെ പൊത്തിച്ച് മുറിച്ച് ചിലപ്പോ അരക്കേണ്ടി വരിക അതങ്ങനെ ഇരക്കിലുണ്ടാ എന്ന് പറഞ്ഞ മാതിക്കാം അതിന് ചേച്ചി സഹരി അതുകൊണ്ട് പല്ലിനെ മോഹൻലമാക്കി വെച്ചിട്ടതാ ബാബുഹാ അരീതത്തിൽ ചിലതിന്റെ രീതി കൂടുതലാണ് അതാണ് ചിലതിന്റെ ഭത്തിന് നല്ല മൂർച്ച ഉണ്ട് അതാണ് കവാത്തിൽ മുറിക്കാൻ മതി എനിക്ക് പറഞ്ഞത് റവാഹിത്തിൽ ു ചെറത് തൊലുപത്തുള്ളതാണ് അത് പൊട്ടിക്കാൻ പറ്റും നല്ല അന്യാഠ്യം പൊട്ടിക്കുന്നുണ്ട് കാഠിന്യം അല്ല മുതഹ മുതഹാക്കിങ്ങനെ ഇങ്ങനെ മുന്തിക്കൊണ്ട് തിന്തിക്കൊണ്ട് വെച്ചത് അതായത് ഇങ്ങനെ ഇങ്ങനെ അരക്കുന്ന ഡേറ്റ് അല്ലാക്കിയരക്കുന്ന ഡേറ്റാക്കി മുന്തിക്കൊണ്ട് തിന്തിക്കൊണ്ട് മുന്തിക്കൊണ്ട് തിന്തിക്കൊണ്ടും ഡേസിൽ തടി ഉണ്ടാക്കിയത് ആ രീതി അത് എങ്ങനെ വരുന്നത് ഇങ്ങനെ ആക്കാനല്ല കുറവ് പൊടിക്കണല്ലാവുന്നത് അര അരവ് അരവ് നടക്കണമെങ്കിൽ എന്താണോ ുംകടത്തിൽ നടക്കുന്നു അടിനും അതിരണ്ടം ഇല്ലായിരുന്നുവെങ്കിൽ അനഹിമാല ഒന്നും മറ്റേ പൂർത്തി വരത്തൽ പൂർത്തിയാവൂലി ഇരച്ചി മറുപടി എടുക്കണ്ടേ അത് പൂർത്തിയാവില്ല ഇനി ആക്കണമെങ്കിൽ എങ്ങനെ പൊറിച്ചു പോകാൻ حركة لهم تذهب محل تص wheels, تخيل Pump 때문에 censorship starter with people ثم صد registered for the mint trabajo and change everything these preachings will work least think they will work قال إن كانت تفیل من محل في النّداء، الثابت ій لست تفیل അബൂ നുർ ഉൽ ഖൽബില അദീബിസ്മില്ലാഹി തആല അല്ലാഹു സുബ്ഹാനഹു വതആല അദീബായ പ്രവർത്തനം നോക്കൂ വൈന റഹൽ ഖൽക്കി വഅത്വുല അദുന്നല്ലെന്നാ അർക്കലി അല്ലാഹ യദൂറു മൽസ്ബുൽ ബാബിൻ മേലെ ഉള്ളതാണെങ്കിലും അദീലുള്ളത് ഓർച്ചിട്ട് ഇവിടെ വറഹല്ലഹി തആല മാഖൂബതു അല്ലാണ്ടാകാനല്ല മാഖൂബത ഇങ്ങന അല്ലാസ് പുരിയ സഹബു അദീനെ ദരനം അത് അല്ലെങ്കിൽ മോളോത്സാഹനങ്ങളൊന്നും വെച്ച് കഴിയുമ്പോഴും സ്ഥലത്തേക്ക് ചെലക്കേണ്ടിയില്ലേ അങ്ങനെ ഭംഗിയല്ല സ്ഥലം ആവുമില്ലാന്ന് പൊങ്ങി കൊണ്ടുവന്നാൽ അത് മൊത്തിക്കേറി അത് പരിശോധിക്കണം അതിനമ്മൊന്നും പരിശോധിക്കുന്നില്ല മീനാമ തെഹത്തല്ലാരി പല്ലിന്റെ ചായഭാഗത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കി നീ ഇങ്ങനെ ഇട്ടം കിട്ടു പോയി കല്ലും വരി കല്ലേക്ക് വീതി കുറവല്ലേ അടുത്തോണ്ടൊക്കെ അല്ല വെളുതിരി പോത്തുപോയില്ലേ പോർത്തു പോന്നെ ഞാൻ വളർത്തിക്കൊണ്ടുവരുന്നു നോക്കിയാ നോക്കായി പത്ത് പൊല്ല തുടച്ച് രണ്ടാമത് മല്ലുമെറ്റി കൊടുക്കുന്നത് അല്ലെങ്കിൽ മലിന മൂർത്തിയാകില്ലേ മറ്റേ ആടിക്കൊണ്ടിരിക്കുമ്പോ ഊർന്നേക്കെ ഉയം പണി വോക്കായി ഇപ്പഴത്തെ അപ്പൊ കൈ കൊണ്ടിങ്ങനെ തുടച്ചിട്ടിങ്ങനെ വലുമല അത്തം കഴിച്ചാൽ എങ്ങനെ ദാപിക്കാ വെള്ളോണ്ട് മെനീന്തോ എന്താ പറഞ്ഞ വെല്ലുമ്പോ തുടച്ചിട്ട് കൊണ്ട് മതിമേലേ കയറ്റാൻ കഴിച്ചാൽ എങ്ങനെ ദാപിക്കും നാവ് പണിയാവസ്ഥ നടത്തും ഇനി നാവിന് ഈ ഒരു പണി മാത്രല്ലല്ല സംസാരിക്കുന്ന വേറൊരു പണിയിട്ടല്ലോ ഇപ്പൊത്തേക്കുറി വീശിയാറില് വേറൊരു പണിയിട്ടല്ലോ അതെല്ലാം പണി അവന്മലി ഞാൻ റബ്ബി പറഞ്ഞു െഅ മിജു എല്ലാത്തിന് ആ നടുവിൽ നിന്ന് മോഡാക്ക പല്ലുമണിയൊക്കെ ഞാൻ കെട്ടിക്കൊടുക്ക അരക്കം മണി നാബൂട്ട് എത്തി മിജുറഫത്തിൽ ാമില്ല ആത്മകരണ്ടാക്കുന്ന രണ്ടാമത് തട്ടികൊടുക്കുന്ന രീതിയിൽ ഒപ്പത്തിനും റഹ നോക്കാവുന്ന അവിടെ തട്ടുമ്പോൾ ഇതിന് പകരമാക്കി നമ്മുടെ ആവിനെ വെച്ചുകൊടുക്കുന്നു ഇനി ഇപ്പറഞ്ഞൊരാവശ്യേ പറഞ്ഞുള്ളൂ മാസിനോക്കുക എന്ന് പറഞ്ഞ പാചകം ആവുമ്പോ തന്നെ ുംഭത്തെ സംസാരിക്കുന്ന എന്തെല്ലാം ആചാവിന്റെ സംസാരങ്ങൾ എന്തെല്ലാം അധികാരങ്ങൾ എന്തെല്ലാം സ്ഥിരാകൾ എന്തെല്ലാം നിക്കറുകൾ എന്തെല്ലാം സംസാരം ഏർ നടക്കുന്ന പണക്കുന്നീ സംസാരങ്ങള് എന്തെല്ലാം പ്രക്കഥികൾ ഉണ്ടാക്കുന്നു നിക്കാത്തുന്നു നല്ല നാവിന്റെ നത്തക്കൊണ്ടില്ല മാത്രം അങ്ങനെ ഈ പട്ടത്ത് കൊണ്ട് ലോകത്ത് എന്തെല്ലാം നടക്കുന്നു എന്തെല്ലാം പ്രസംഗങ്ങൾ എന്തെല്ലാം ഒഴിവുകൾ അദ്ദേഹം പറമ്പോണ്ടല്ലേ ് ഇനി ആലോചിക്കോ അന്നാത്ത താമാണി ഭക്ഷണം മുത്തി വെക്കാവ് താഴ്ത്തവോ പൊരിച്ചു വെക്ക തരകെത്തിയാണങ്ങിയതാണെങ്കിലോ മണ്ടപൊടി അടക്കത്ത് ഉടങ്ങിയതാണെങ്കിൽ എന്താക്കും അതബുദ്ധിനാ ഈ അത് വെളുങ്ങാൻ കഴിയുന്നവനെ ആ എല്ലാക്ക് ഇതെല്ലാം ഈ അൽക്കിലേക്ക് വെളി പോകാത്ത കാലത്തോളം വിഴുങ്ങാൻ കഴിയൂല അതുകൊണ്ട് താങ്കൾ അലക്കിൻ ജോളി ഇതല്ലാത്ത വെഴുവെപ്പാ എന്ത് അത്യാവശ്യം പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പൊഴിക്കും തള്ളിക്കുന്നുണ്ടോ ഭയങ്കര കൊഴുക്കാൻ തന്നെ ഉള്ളി വന്നോ അങ്ങനെ എന്തുവർക്ക് പ്രത്യേകതന്നെ ഇനി പെരിസ്റ്റാൽ സമ്പ്രദായം ഉണ്ടാവുന്നത് ഇവിടെ ഒന്നും ഇല്ല പെരിസ്റ്റാൽ വെച്ചാൽ ഇവിടെന്തെങ്കിലും വെഴുകുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വികസിച്ച് അവരോടൊന്ന് വാങ്ങി ഇതിവിടെ ചെരുങ്ങും ഇത് ചെരുങ്ങോ ഇപ്പുറം നികസിപ്പിക്കും ഇത്ര നികത്തിമ്പോൾ അപ്പുറത്തേക്ക് തള്ളി ഒരേ രീതിയിൽ നേരെ പോക്കല്ല ഭാഗ്യം വന്ന് കൈമാറ്റം ചെയ്ത ഞാനപ്പുറത്ത് ഇപ്പൊ വികസിക്കുമ്പോൾ ഇപ്പൊ സംബോധിക്കും അപ്പം സംഗോദിക്കും വികസിക്കുന്ന രീതിയിൽ ഉണ്ടാകുന്നു നീ വെക്കില്ല ഇനിയാക്കുന്നു ഇപ്പറം തോന്നു തുറന്നു വന്നു ഭാഗ്യവാട് അവിടെ കൊണ്ട് പോയി അപ്പൊ ഇങ്ങനെ ഇങ്ങനെയാന്ന് പട്ടണപ്പിക്കുന്നു ഒരേ പോക്കല്ല ഭയങ്കര വളരെ வியரீதுல்லாத்து வந்து நம்ம அதுல பொது dihedrala இருக்கீட்டே கொண்டானே வியாறத்துபூப குரனஅபு ஒரு வலுவல்பதம் அதுக்குடி அம்பர் அல்லாஹ் تعالی அல்லாஹ் تعالی உறவு குதி ரிக்கியானில் பவி பைலே ஆயில நபாதல் நல்ல வண்ணம் காடுன உறவு அது என்ன கிரந்தின்றது அதுக்குடி ஆலதவாமே போளுண்டு أحلى من كل علم ، يلا ماضي لهم الله ورسناك أنه ماضي لك عادنا مرض سيئ فوشنا و أصفر معاعدك من كل عادبين ، سيئ لما يتوقف على أكثر من الله تعانونك ويحذر كل سال العذااء ، أفنع بنداتم أبتتنا يبلوها في الشيارة الأنهائي ، كونون درق النواري <تصفيق> للنهائي ، أرسكوا لكي يبلوهم ൂത്തിക്കലർത്തിക്കാൻ ഉറപ്പിക്കളക്കും ആ ഉമിനീർ നിറംബിൽ കൂടി വന്ന വെള്ളവും മാറ്റി പൂത്തിക്കലർത്തി ഇറവ് സരി തന്നെ അപ്പൊ നല്ല വെഴുവെപ്പുള്ള സാധനമായി മാറി പറ്റുന്നുണ്ടായി ഇങ്ങനെ നല്ല കൊഴുപ്പുണ്ടായിത്ത അതിന് വെളുപ്പു തൊണ്ട തന്നെ വെളുപ്പം അപ്പൊ വെക്കലും വെഴുക്കലും കൂടെ ഒറ്റപ്പം പെട്ടെന്ന് അടുക്കും അപ്പൊ തൊണ്ടക്കിരേ കൂലത്തിൽ കൂടുതൽ അധ്വാനം ഇല്ലാതെ രണ്ട് മെഴുക്കൽ ഒരുമിച്ചുകൂടി പോകും ഇരവ് തൊണ്ട രണ്ടിരും രണ്ടും ഇറങ്ങി ചോമ്പോ ഓട്ടോമാറ്റിക് ആയിരുന്നു പോയിത്തോളും ഇതുകൊണ്ടാണ് ഇത് ആദം തിരിച്ചാകും അളക്കൽ മരിയും ഒരു രോഗിയുടെ തൊണ്ടയിൽ നിന്ന് അള്ളാഹസ് മോഹൻ തനാ ഉറവിടം നോക്കാം എന്നാ എന്താകും ചെയ്യും തൊണ്ടയിൽ പോലും സ്ഥാനങ്ങൾ അണയില്ല അതെ കുറിച്ച് വൈ മന അഥവാ ആ പബി വസക്കത്തിന് അറിയുമ്പോൾ വലിയ പ്രയാസം നയിക്കേണ്ടി വരും ീരാ എന്ന ഈ ഉറവിടത്തിന്റെ അനുപിൽപ്പെട്ടതാണ് അല്ലാമ അത് ഒരിക്കലും മുടങ്ങുന്നില്ലല്ല എന്നാ പിന്നെ എപ്പോഴും തോന്നിച്ചിട്ട് ഒന്നുകൊണ്ടിരിക്കാതെ അങ്ങിനാണെങ്കിലും വർത്താനം പറയാൻ തൊപ്പൻ പറഞ്ഞു ഒരിക്കലേ പണി ഉണ്ടാവു ഇച്ചിരി പണി എടുക്കില്ല അതെന്താ ആവശ്യത്തിന് മാത്രം പറയാനും ആവശ്യമില്ല എന്നാൽ ഒരു മൂന്ന് മാത്രം ഭാഷയെങ്കിലും അവിടെ പങ്കുണ്ടെങ്കിൽ എന്താണെന്ന് അത് മറ്റേ വളർത്തുമൃഗം നടക്കാവുന്നില്ല വളർത്തുമൃഗങ്ങളിൽ പൂച്ച ആൾ വളർത്തു മൃഗമാണ് അതിന്റെ അകം കാണുന്നില്ല എന്നാൽ അഞ്ചിന് ഉള്ളിക്ക് മാടി വെച്ചിട്ടില്ല അതിന് വെച്ച് മടിക്കുമ്പോൾ എല്ലാം പത്ത് പേര് ഉള്ളു നായ്ക്കോളും ചെറുനായ്ക്കല്ല പുറത്തല്ല എപ്പോഴും അത് വളർത്തുമൃഗം അല്ല പക്ഷേ എന്നാൽ നമ്മുടെ കൂട്ടത്തില് പെരുമാറേണ്ട അവസരത്തിന് അതിനോട് പെരുമാറുമായിട്ട് മാന്തമൊക്കെ കേൾക്കാതിരിക്കാൻ വേണ്ടി സാധാരണ നിങ്ങൾ എന്നാൽ പത്തു തെറ്റിങ്ണ്ടാക്കില്ല മുരന്റെ ഉപ്പിക്ക എല്ലാവർക്കും അതിരുന്നില്ല ആ താറ്റ കല്ല് പോലെ അവിടെ ബുദ്ധിമുട്ടായി കൊണ്ട് പോലെ ാണ് അഞ്ജുസ അതുകൊണ്ടുള്ള ഉപകാരം എന്താണോ ആ ഉപകാരത്തിന്റെ കണക്കിന്റെ അപ്പുറം ഒഴുകാൻ പാടില്ല എന്ന രീതിയിലാണെന്നാ അത്തരം അതുകൊണ്ടുള്ള ഉപകാരം ഉണ്ടല്ലോ ഉപകാരത്തിന്റെ കണക്ക് അധികം ഒഴുകാൻ പാടില്ല എന്താണെന്നാവും അമ്മ അമ്മാവലി താവിൽ പമിന്ത ഭക്ഷണം കഴിക്കില്ലേക്ക് ആവശ്യക്കാ ഈ വായിലിൽ വൃത്തി നോക്കാം കളക്കുള്ള ലക്കൽ നീക്കം രണ്ട് കൈയാക്കി തമ്മിട്ടുണ്ട് വലം വ്യജാൽ താൽ വൈ മത്തി ആൾക്കാരെ മൃഗത്തിനെ പോലെ ആക്കിയില്ലല്ലോ തലക്കുകാരാമിക്ക് എന്തെങ്കിലും വായു കൊണ്ട് കൊണ്ടെ അങ്ങനെ ഒന്നും കൈ കൊണ്ട് ആവശ്യത്തിന് നടക്കിട്ട് ആവശ്യം പോലെ എടുത്തിട്ട് നമ്മുടെ ഭാഗത്തിന് അവാീത്തിനെ പോലെ ആക്കീല്ല രണ്ട് കൈ എന്നതോ നിയമത്തോണ്ടിയുതിട്ടുണ്ട് അതിനും സമീപത്താ അത് നിളുണ്ട് പത്തം പത്തം തദ് ഈ ഏത് വസ്തുക്കളത്തുള്ളൂ എങ്ങോട്ടുകൊണ്ട് എങ്ങോട്ടും കിട്ടാനാ മുറ്റമയിനി അത് ഉൾപ്പെട്ടതാണ് അല മപ്പാ ചില ഗസീരത്തിന്റെ എത്ര ഒക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴുകൾ കൊടുത്താൽ മൊത്തം നിങ്ങൾ ഇവിടെ ഒന്ന് പറയുന്നത് പെന്തുപിടിക്കുന്നു പറഞ്ഞിട്ടേണ്ടില്ല പെന്തുടിക്കട്ടില്ല എല്ലാ ഭാഗങ്ങളിലേക്കും പച്ച പള്ളക്കേക്ക് മാത്രം എല്ലാ കള്ളക്കും അതിലുണ്ടാ തൻസനേക്ക് നിന്നെ കൊള്ളം അടിച്ചെടുക്കാനും കഴിയും നിന്ന ഏത് ഭാഗം ഏത് രീതിയിലും തുടങ്ങാം എങ്ങോട്ടെ പലക്കൂക്കാൽ അമത്തിൽ മൺസൂമറ്റി ഉത്തര ദേശീയപ്പെട്ട മതചട്ടം ثم دعلا رأسا البيدي لحظة كيجين رأسني الله وعكي علينا قبط بيدي لحظة كيجين رأسني الله وعكي علينا وكرة فحلق القبطة منياني قبطة الله وعكي ثم تعتم رأسا الكبطة قبطة لعطة لبعضم من أمسة يكثى من أنجوه اليه أنجوه اليه إلا تابع ും തപ്പിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഇബ്രഹാമമായിട്ട് നിർത്തി മൂത്ര ഗന്ധിത നിർത്തിനോ ഈ നാലു രണ്ട് പഴക്കളെ മൂത്ര കുടി കൊണ്ട് ഒന്നും അതല്ല ഇത് കൂടെ വാക്കി എന്തെങ്കിലും ചെയ്യും അല്ലൂറു ഈ മൂപ്പർ എന്താക്കുന്നു ചുറ്റി കടക്കുന്നു അല്ല നാലും ബാക്കി നാലെണ്ണത്തിന് ഇതാ എന്തെങ്കിലും പോവാം ഈ എല്ലാത്തിനും സഹായമായിട്ടിന് സ്വന്തം തപ്പുവാറക്കും പുതിക്കാലത്ത് ബുദ്ധിത്തമിയാത്ത അത് ഒരേ രീതിയിൽ തന്നെയായി പോയതെങ്കിലും ഈ കരി ഉദ്ദേശിക്കപ്പെടുന്ന പൂജ അതിന്റെ വകെ അമ്മാർ വാക്കിയാണെങ്കിൽ ആ കരി എങ്ങനെ കരിയാണിത്ത അതിനെ നിർവത്തി വച്ച കാലുകൾ ഇങ്ങനെയോ അതെ തൊടിച്ചിരിയാക്കിയ കോഴി വരും ചുരുത്തി വെക്കി കാനത്തിലോധി അതിമാരി കയ്യിലായി പരസ്യ തത്വം ഇതൊക്കെ അതിൽ എന്തുകൊണ്ട് ഒരുമിച്ച് അടിക്കാൻ പറ്റുന്ന വടിയുമായിരുന്നു നസർത്തും അത് പരസ്യം നീക്കുകയും ചെയ്താലോ എടുക്കാൻ നോക്കാനുള്ള താൻ കമുത്ത കാണത്തിൽ കമുള തുമ്മുമാനും ആ നഗങ്ങളെ അമ്മാവ് ഊസാബി ചോപ്പിച്ചിരിക്കുന്നുണ്ടാ അതൊന്നും രസം കി അത്രമാക്കുക വേറെ ഉണ്ടല്ലീർത്തം വിളിക്കുന്നത് ഇവിടെ ഉണ്ടായാലും മാന്താരോത്താണോ ചൂടികളയാനും അത്തരത്തെ ആളെ കപ്പിയാക്കാനോ അത് കൂടുതൽ ഇങ്ങനെ അനുഗി പോവാൻ തന്നെയും അല്ല അവിടെ നല്ല ഒരു കോട്ടിന്നോ ചില കാര്യങ്ങൾ അതുകൊണ്ട് ഉപകരിക്കാനോ ചൂടികളയാനും ഒരിക്കാനും ഒക്കെ അപ്പോൾ ഈ ചില കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോണ്ടാകും ഈ തല ചെന്നിച്ചു പോകുന്നുണ്ട് ലതത്തിന്റെ കാഠിന്യം മുടില്ലല്ലോ അപ്പൊ ചില കാര്യങ്ങൾ ഉപരേഖപ്പെടുത്തി ഇവിടെ ഉണ്ടാകും കളഞ്ഞുപോക്കുന്നുണ്ട് തുടങ്ങി പോകണ്ടല്ലോ അത് വരാതിരിക്കാൻ വേണ്ടി ലതം കൊണ്ടും കൂടെ ഭക്തത്തിൽ ചില ഉപകാരങ്ങളൊന്നും അത്ര അതെ മഹത്തക്കളങ്ങിയല്ല ചെറിയൊരു സാധനം വളിച്ചെടുത്തു വിചാരിച്ചാൽ തന്നെ അത് വരുന്നുണ്ട് കിട്ടൂരാൻ കുട്ടിയാലെ എടുത്തുള്ളൂ മാത്രമാണ് അവർക്ക വിരാജക്കാ ശരീരത്തിന് അവിടെ ചുരുത്തിന്റെ വന്നാവുന്ന മാന്തി അവൻ നവീൻ വെറുതെ ചെയ്യണ്ട മാന്തിയ മാത്രമുട്ടിട്ട പിന്നെന്തെങ്കിലും കുട്ടി വലമക്കാല ചത വന്നപ്പുറം ഈ നഖം മുഖിയെന്നുള്ള നീണ്ടു വീണ്ടു പോകുന്ന സാധനമാണ് മറ്റൊന്നും അങ്ങനെ വളരുന്നില്ല നീന്തുന്ന നീണ്ടു പോകുമ്പോൾ ഹിമാലി ഹിമാരൻ മത്സരാഹത്തി വീളിലഹട്ടുണ്ട് അപ്പോ വിവാദിന്റെ ഇച്ചിര സന്ദർഭങ്ങളിലും അപ്പൊ നന്ന വീളുമുണ്ടാക്കണം മുറിക്കണം വക്കാല ജത്തു ഹുമാരേ പിന്നില്ല ചില സങ്കർഭങ്ങളെ അത് മുറിക്കല് ആവശ്യത്തിൽ അപ്പൊ അപ്പുറം അതിലെന്തോ ആക്കപ്പെട്ടില്ല താലില്ലാണ്ട മറ്റുള്ള അംഗങ്ങളെ പോലെ അല്ല ഈ താലിന് തുമ്പിൽ നീ താലും അത് മുറിക്കുമ്പോൾ വേദന മറ്റുള്ള മുറിക്കും വേദനയു കഴിക്കുന്നത് ലോകം മുറിക്കും വേദന ഇല്ല അതുകൊണ്ട് അത് മുറിക്കില്ലാത്തോണ്ട് വേദനയില്ലാണ്ടാക്കിയുള്ളൂ ഇതിന് ശുക്രമൂറ്റിന്ന് ആഴത്തിനാലേക്ക് പറഞ്ഞു ഇത് ആഴത്തിലേക്ക് ഓരോ നമ്മിലേക്ക് നീ നോക്കൂ തുമുദരണ്ടല്ലേ കൊയലേ അതിനെ വാങ്ങി വാങ്ങിയിട്ട് എനിച്ചിട്ട് മാരത്തിലേക്ക് എത്തിക്കും മരത്തിലേക്ക് എത്തിയ അവിടെ തന്നെ പോകുന്നു ചീഹ അതിനുള്ളിൽ ദഹിപ്പിക്കലെന്ന ഒരു ചൂട് ഭയങ്കര ചൂടും പോലെ ആസിറ്റും പോലെ താരങ്ങളൊക്കെ ചേർത്തിട്ട് അതിനോട് ഈ പാകപ്പുറത്തേക്ക് ദഹിപ്പിക്കൽ അങ്ങനെ തുമ്മ അവിടെ ദഹിപ്പിക്കണ്ട പാകപ്പുറത്തേക്ക് െടുക്കും അല്ലു ബാബ അതിന് പ്രധാനപ്പെട്ട അംശം എന്താക്കും കൽപ്പ് കുടിച്ചെടുക്കുന്നു ഹൃദയം ഇനി ഏത് കൽബ് ഇസ്മാണിയായ കൽബ ഉദ്ദേശിക്കുന്നു മോഹികൾ പറഞ്ഞ അതിന്റെ കൽബല്ല മഹാത്യ എന്ന് പറയുന്നത് അതിനാണല്ലോ കൊണ്ടത് അല്ലു ബാബ അത് സൈഡാലി അല്ലരി സൈഡിൻ മാലത്തി ഈ അമാശയത്തിന്റെ മുഖത്തേക്കൂടി ആദ്യം പുറത്തു പോകുന്നേ അവിടത്തേക്കെന്താ നീ ആക്കുമായി അൻപറത്തി അതിൽ നിന്നുള്ള കമ്പങ്ങളെ തുമ്മൈക എരിവപ്പൻ മൊത്തപ്പെടുത്തുകയും ബന്ധപ്പെട്ട സാഗര ഞരമ്പിലേക്കൊന്ന് സപ്ലൈ ചെയ്യാനും അതേപോലെ തന്നെ നീ മുറണക്കില്ലാ പറഞ്ഞു പറമ്പെന്ന് പറഞ്ഞാൽ അവിടെ നിന്നും നിറംകല മുതലി ഉള്ളംകാലയുള്ള തർത്തേ தும்மாய் ஜாலிய வத்தி ஜைனி ரெண்டு கால நிமது நோக்கு பைப தந்துவே இமாலா ஆலிக்கும் இன் நெல்லாம் ஆமி நிலேகம் நடந்து போகின்றது துர்க்கத்தில் வரத் நிஹமத் தஹெல்லாம் இதிச்சாலன்னுட்ட ஜவாபு இல்ல நஸ்தகாவ் பின்னமவ மோர மின் நிமீ இன் நக்கம உருவணம் lahirinum bathinum மொதுபாட நிமத்துகளை கொண்டு முகப்பட்டதை கண்டடிக்க வேண்டியும் അമ്മാണ കഴിഞ്ഞാല് അച്ഛൻ കയ്യൂലോ ആദ്യമെത്തിയ അത് ചെറിയ നിയമത്താണോ മോഹിനാക്കി ചെറിയ നിയമത്താണോ ഇമാൻ നൽകിയത് ിന് ഉപ് നൽകി ആ മല്ലാ നിയമത്തിൽ ഉള്ളില് തറക്കുന്നുണ്ട് എത്ര കൊല്ലാത്തതോ കൊണ്ട് അത് കൃഷ്ണമാക്കാൻ കഴിയുമില്ലാതായ എന്ത് കൊല്ലപ്പെടും അത് പറഞ്ഞു തീർക്കാൻ ആദ്യമല്ല ഒന്ന് പോകുവാനാ അമ്മാനാലും എത്ര പോകുന്ന അമ്മാവ് പറഞ്ഞത് അമ്മാവ് നിങ്ങൾക്ക് ചെയ്ത നിയമത്ത് നിങ്ങൾ ഓർക്കളെ നിങ്ങൾ വിജയികളാകാൻ വേണ്ടി അതുകൊണ്ടാണ് കാലത്ത് ഇബാദത്ത് തപ്പക്കു തപ്പു എന്ന ഇബാദത്തായി കഥ ആണ് ഈ മതിന്റെ കഥടുക്കൽ വാകാനുള്ളതാണ് മനസ്സിലായില്ലേ ഇതിലായ കപത്രീ പറയപ്പെട്ട അജായിലേക്ക് എത്തിച്ചേരുക ഇല്ലാതി ചപ്പൊറിയായി ആരും ചിന്ത നടത്തിയാലും ഒന്നുമില്ലല്ലോ ഞങ്ങൾ ചെയ്തു പോയല്ലേ ഒന്നുമില്ലല്ലോ حديث لن تفكر صراحة خير من إبادة طبيعين سناء ورسّ ملكوت تفكّبين يجب أن يقول لك إبادتنا قلب ما شمعنا من النظر اللي قال لي له وقال لك عبو رضي الله نبريه نوم إن أرادك رفض الظنة والآخرة الظنة والآخرة لهم ترفين لها لأنه وسال فلن يكسر من التفكر تفكرنا بالمرضي في سوال السيد وقال جديد رميماغ والنوري العظمه مدارس في مدرسه الفكرتين ميدان التوحيد مدرسه اللغهتين يتم افضلها المذيده ذا صباح تفكروا جديدا في ميدان التوحيد الله التوحيد هذا ميداني دي تفكوا عندما يورنتاكيترو ان الله اعطى بنتورث اورانكيترو اورانكيترو الله بدهكون അല്ലാണ്ട് അതിയെ കൊണ്ടുണ്ടായി ചിരിയെ കൊണ്ടുണ്ടായി മരണ കൊണ്ടുണ്ടായി ചോറും ഉമ്മയാക്കി മരന്ന് ഡോക്ടർ ആക്കി വെച്ച മറ്റി മറ്റൊന്നുമാക്കി എല്ലാം കൂടെ അങ്ങ് ഒറങ്ങേറ്റ് ദിവസത്തിന് വന്നു അതൊക്കെ അറിയില്ല സൗഭാഗ്യം മറ്റോനിക്ക് മറ്റോനിക്ക് അതല്ല സൗഹൃദത്തിന്റെ മേധാവിന്റെ മജ്നിസ് ഏതാണോ അതപ്പണു മജാലിസാണെന്നാണ് പറഞ്ഞത് كما يقولون الفكره فياض القلب فكرته والنال عندها قلبه ولكن ايذا ذهبت ها فكرتها جن ولكن اني هوى فلا الله له قلبه وحيما الا والله الى التذكر كبيره تذكرنا بدار العالمنده لقد قتل وزاني رب الله انه اللي هي هي ان كتاب العافيه كنتنده ആർക്കെല്ലാം എത്രത്തോളം പറഞ്ഞിട്ടുണ്ട് നൂപ്പിൽ പത്ത് പേരിൽ കൊടുത്തിരിക്കും നാലാം ദിവസം എട്ടാമൊക്കെ എത്ര പത്ത് മൂന്ന് പേരിൽ അല്ലെ പതിനോ ആ എട്ടാമൊക്കെ നാലാം ദിവസം പത്ത് മൂന്ന് പേര് ബോധി വായിത്താവാം മനുഷ്യന്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് ഒക്കെ വെടിമാക്കാനാ പോകുന്നു അവന്റെ സാധ്യത എത്ര ഉന്നതമാണ് എപ്പോൾ നിഷ്ടസാവും റബ്ബി റബ്ബിനോടൊപ്പം ചൊവ്വാനെങ്കിലാണ് അല്ലെങ്കിൽ അവരെ കണക്കത്തെ കുറച്ചാള് വേറെ വരില്ല എന്നിട്ട് പറയുന്നു മനുഷ്യനെ രണ്ടു തരം ഉരുവിതാണ് ഊബറുകളൊക്കെ പറയുന്നത് ഒന്ന് അറുവാനെ പടച്ച് അനപ്പം നിറംബിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കരാറെണ്ണം വാങ്ങിയിട്ട് അനാദ്യം നിങ്ങൾ പിന്നെ കൊറേ കാലം കഴിഞ്ഞിട്ട് എത്രയോ നൂറ്റാണ്ടവണ ചില അശ്വാദങ്ങൾ കഴിഞ്ഞിട്ട് ഇരിക്കും ഇവന്റെ ശരീരം പടച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ശരീരത്തിലേക്ക് റോഹിന് വെയിട്ട് കൊടുക്കുന്നു അപ്പോൾ അന്ന് ആരം മുൻ അറുവാഹിനായിട്ട് കഴിഞ്ഞുകൂടിയ സ്ഥാപിക്കാർ കാലം കഴിഞ്ഞു പിന്നീട് ശരീരത്തോടു കൂടി ആരം മുൻ വന്ന നായക്ക ആ ഒരു കാലവും കഴിഞ്ഞു അപ്പൊ ആരത്തിനുണ്ട് പറഞ്ഞ മോപ്പർ ഇബിദായ പേരിട്ട് റോഹിനെ മാത്രം പടച്ചിട്ട് അല്ല സംവിധാനങ്ങൾ ചെയ്യുന്നത് ഈ ശരീരം പടച്ച് ശരീരത്തിന്റെ കോവലിനെ ശരിയാക്കി അതിന്റെ അകത്ത് റോഹിനെടുത്ത് വിട്ടിന്ന് ഈ ലോകത്തിലേക്ക് വർക്ക് കളിക്കുന്നുണ്ടാക്കി ഇഷ്ടതായത് വരുമ്പരം ബന്ധം മുഴുവൻ ഉണ്ടായിട്ടുണ്ട് അള്ളാഹുന്റെ ഗോകളത്ത് രണ്ടു തരത്തിലാ ബന്ധപ്പെട്ടു ഒന്ന് യുവതായ കൊണ്ടും ഒന്ന് ഇഷ്ടതായ കൊണ്ടും അപ്പം യാൻ ആ അവസ്ഥയിൽ നിശാരണ ജയിച്ചറ ഇല്ല ജയിച്ചത് ഈ ലോകത്ത് ഈ തതിയോട് കൂടി നമ്മൾ വള്ളയിൽ നിന്ന് കൊടുത്തു കൊണ്ടല്ലോ ആ ജയിച്ചിൽ ഇന്ന് രണ്ടാവസ്ഥകൾ മെച്ചം മാറ്റി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സൂചിപ്പിച്ചു തോന്നി അൽ മൗക്കിബു മൗക്കിബിൽ ഇതാ ആ മൗക്കിബു എന്ന് പറഞ്ഞാൽ അൽ ജം ഉൽ അലീം എന്നാണ് വലിയൊരു സംഘം എന്നാണ് അറുവാന്നം കംപ്ലീറ്റ് ഒന്നിച്ചിണ്ടായതല്ല അതുവരെ ഇല്ലാമിനെ മക്കൾ കംപ്ലീറ്റ് അതേ തരത്തിൽ ഈ ഇഫ്തറ മക്കാണെന്ന് ഇതിനെല്ലാം ഒന്നിച്ചില്ലല്ല കഴിഞ്ഞാളെല്ലാം പോയി പോയി പോയിട്ട് വരാനുള്ള ആണെന്നും വന്നിട്ടുമെല്ലാം അവശേഷിക്കുന്ന ഇടക്കാലത്തുള്ള വർത്തമാനകാലത്തുള്ള ആളിൽ والاختراء قلنا ان ده اذا نمكرمنا في ديت الاختراء والنجاب وطبق ونطبق اشار رحمه الله تعالى اشارت اكيده ان من دون وجود ادي ملتصم مارك 2 وجود ഉണ്ട് 1 ثابئ قائك لغلي വല്ലോ മറ്റേ വജൂത് ലായക്കും ഭാവി കാലത്ത് അതിന് ലായക്കാവ് അപ്പൊ പയ്യമിരീറം എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഇഷാറത്താക്കിയത് അത് അത് ആദ്യത്തെക്കാൾ സുഖിപ്പിച്ചത് لاحقا ضده سماء إلى تدل الفرعي آيات أجل اللي لكو سودي بكتو أغنقنا قدر في حقا يعني مجد في حقا أغنقنا قدر في حقا أو إلى عصن لحول القبر في عبالت آآ جسل بينام فرقا وليس لحول القرآن يتسل قمرة ترطو أنت من التعامل نما قمرة ترطو أنت من ترطو آجل اللي لكو سودي بكتو ثم لحول الفروقات فرقا لكو لاحقا آآنا آيتيوم بڑنا آيتيوم പിന്നെ ബലഹീനനാട്ടും മലഹീനല്ലാണ്ടു ഫീറാറ്റും ബക്കീർ അല്ലാണ്ടും ആലിമല്ലാണ്ടും ആരും പ്രശ്നമുണ്ടായിരുന്നു ഒറ്റ കുളത്തിൽ റോഹിനെ ആണോ പൊണ്ണുല്ലല്ലോ റോഹിൻ ഉണ്ടാണും പൊണ്ണു അതിന് വാറ്റലുണ്ടാകലിന്റെ വ്യത്യാസമില്ലല്ല അറപ്പം തൊട്ടില്ലാത്ത ബാറ്റ മാത്രണ്ടായിരുന്നു റോഹിനി അന്ന് പറഞ്ഞാരോടാന്ന് ഒന്നിക്കും റൂഹൻ റോഹിനോട് പരസ്പരം വരണം എന്നുഹാരം വരണം വേറെ അതൊന്നും അർപ്പില്ല അല്ലാമത്തും ദറാസത്ത് വെച്ചാൽ പഠിച്ചു കഥാ തത്വില്ല അപ്പം പറക്കുകളൊന്നും കാര്യമായ പറക്കൾ മരിങ്ങനെ ഒടിവാകില്ല അവിടെ വരല്ല ഒരു ഹാലും ആ അല്ലാമത്തൊന്നും മോദിയാൽമും ഇതാക്കും കുറേ സാധനം ഹിൽമിനാക്കാന അമ്മാണ് ഇതാക്കി മുത്തക്കല്ലി നീങ്ങൽ എടുക്കാൻ ഇൽമി ഇദ്രാഖും രണ്ടും രണ്ടാം മന്ദക്കിയാക്കും ഒന്നാം കാരണം തത്തമ്പും തസ്തീഖും എല്ലാം ഇൽവിൽപെടുവല്ലൂർ തൂറത്ത് ഇല്ലാത്ത കൊണ്ടുപോയത് മണ്ടക്കിയാക്കി അപ്പൊ ഇൽമി ഇദ്രാഖ് ഒന്നാം മുത്തക്കല്ലി നീങ്ങൾ എടുക്കാൻ ഇൽമെന്നത് യക്കീന്റെ പറയുള്ളു ഇതറാഖ് എന്നുള്ള മഹസൂസാത്തനും പറയും പറയും ഇദ്രാഖ് അമ്മാൻ അതുകൊണ്ടാണല്ലോ അൽമി നവഅമ്മ അൽ ഇദ്രാഖ് എന്ന് പറഞ്ഞു ഇറാഖിന്റെ ഒരു നൌഹാണല്ലോ തസ്തിക്കുന്നുണ്ട് എന്താന്ന് ഇൽമിൽ പെട്ടൊരു ലൗട്ടിൽ ഇറാഖിൽപ്പെട്ടൊരു ലൗട്ടിൽ മന്ത്രിയാർ എടുക്കൽ എന്ന് പറയുന്നു സംസാരിക്കില്ല മറ്റവർക്ക് അറപ്പം കോപ്പില്ലല്ലോ അറപ്പൂ സൗത്തഞ്ഞതിന് എന്താന്ന് ശരീരത്തിലുള്ള ഈ നാവ് സൗത്തു എന്നുള്ള സാധനത ശരിക്കു പറഞ്ഞാല് ഈ വായുമണ്ഡലത്തിൽ രണ്ട് സാധനം ഏറ്റുമുട്ടുക ഏറ്റുമുട്ടുമ്പോണ്ടാകുമ്പോ ഈ ഇടയ്ക്ക് അടിയിട്ടീരി പോടുന്ന കാറ്റത അത് ഹവാമുട്ടുമ്പോ അടിയച്ച ആ സാധനത പാറ്റി ആ കാറ്റൻ തന്നെ ഒരൊറ്റോട്ടു ഈ പോകുമ്പോണ്ടാന്ന വേറെ സ്ഥലം ശരിക്കു പറഞ്ഞാൽ സൗത്ത് എന്ന് പറഞ്ഞ സാധനം അപ്പൊ ഒറിജിനൽ സാച്ച് വായു അപ്പൊ ഇത് ഹറപ്പാൽ എങ്ങനെയാ ഒരു നിശ്ചിത സ്ഥലത്ത് വെച്ച് നിശ്ചിത രീതിയിൽ ഇങ്ങനെ പരസ്പരം മുട്ടുമ്പോൾ ഒരു മായ്യനായ ഒരു സൗസാജ് പുറപ്പെടുവിക്കലാണ് ഹറപ്പും പറഞ്ഞ സാധനം അപ്പോൾ ഹറപ്പും സൗത്തും തമ്മിലുള്ള എല്ലാ ഹറപ്പും സൗത്താണെന്ന് പറയാം സൗത്ത് എല്ലാം ഹറപ്പായിക്കൊള്ളുന്നില്ല എങ്ങനെയെങ്കിൽ ഏറ്റവും മുട്ടിയ ഹർബ നാചകത്തിൽ ഇന്ന രീതിയിലുള്ള ഇന്ന മട്ടത്തിലുള്ള ഒരക്ഷരം ഇന്ന തലന്ന് പുറപ്പെടുവിക്കണം എന്നുണ്ടാക്കി കത്ത് വെച്ചു വ അപ്പൊ ഇന്ന അപറിയും ഇന്ന രീതിയിൽ അതിന് ശക്തിയുണ്ടല്ലേ നമ്മ ജിഹ്വാണോ സിദ്ധത്താണോ നോക്കി അനുസരിച്ചാണല്ലോ അതിനെ ബന്ധമുട്ടുന്നത് ജഗരാണോ അന്താണോ നൽകി ഒപ്പം നോക്കാൻ ഇതെല്ലാം എഴുതിയിട്ടുണ്ടാക്കുന്ന ഒരു മായ്യനായതൊരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അത് ഹറപ്പായി മാറി ഈ ഹറപ്പ് പറസ്പോ എന്ന കൂടെ പൂക്കുന്ന അവസരത്തിൽ എന്താ അത് തെളിമത്താകും ചിലപ്പോ അത്യാസം തെരുമത്താകാം പി എന്ന് പറയും മറ്റ ഒരു അമൃത്വം ആയി മാറിയില്ലേ എല്ലാം ബി അത് ഞാൻ അറക്കത്ത് കൊടുക്കണം അറക്കത്ത് കൊടുത്തിട്ട് സാധാരണത്തിന് ഇതാനത്തിൽ എത്തി അറക്കത്തേത് അറക്കത്തിന് നമ്മൾ തുപ്പം പറയുന്നത് അറക്കത്തിലാണ് കൂടുന്നത് ണ്ട് സുക്കൂണിണ്ട് സുക്കൂന്നി ഹിയുണ്ട് ഹക്കീക്കി ആ സുക്കൂന ബു എന്ന് പറഞ്ഞതാകും ഹഞ്ഞാൽ എന്ന് പറയുന്നതാക്കും മദ്യായിട്ട് വരുന്ന അച്ഛനന്ത പറഞ്ഞാൽ ബാക്ക് ദമ്മും ബാവിന് സുക്കൂന്നാണെന്ന് പറയും ആടാ ബൂവ് എന്ന് വായിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സുക്കൂന് മദ്യയായിട്ട് വരുന്നത് അയാളെ സുക്കൂനൽ അഞ്ഞാന്ന് വരും കുടൽ അപ്പൊ മറ്റേ അറക്കത്തിന്റെ കൂട്ടത്തിന്റെ കൂട്ടാ ഏത് പത്തേ കത്തറ് നമ്മൾ തുക്കു തുക്കു എത്താം ആ ബാബി ബൂബ് ഇത് അറക്കത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട സാധനം അപ്പൊ താക്കിയെന്ന് വെച്ച് താക്കിന് അറക്കത്തിനെതിരല്ലേ ഏത് താക്കീനെ അറക്കത്തിനെതിരെ തുക്കു എന്നുള്ള അഞ്ഞാതാണ് അതായത് ഒന്നും ഇല്ലാതെ കണ്ട് ബ്ലയം കായ് കിടക്കുന്നു മറ്റൊന്നൊരു സഭയിപ്പോ താക്കിയാണെന്നു ാത്തി താനി അല്ല പിന്നെ പൊന്ന് പുറത്ത് ആണായിട്ടും പെണ്ണായിട്ടും ആര്യമായിട്ടും ജാലിതായിട്ടും ഈ പണക്കാരനായിട്ടും പണക്കാരനെല്ലാണ്ടും തടിച്ചാലും വിലിഞ്ഞാളും ജോലിയായിട്ടും നൈഫായിട്ടും അങ്ങനെ പലതരത്തിലുള്ള പുറക്കുകളൊന്നുമല്ല അതാണ് താനി മഹാല ഈ രണ്ടാമത് അർത്ഥം കൊടുത്തിട്ടുണ്ടല്ലോ അതാണ് യുനഅസിൽ നിമിത എന്ന് പറഞ്ഞതിനോട് യോജിക്കുന്നത് അതാണ് രണ്ടുപേർക്കും കൊടുത്തതിരിക്കും ഇതാണ് ഉദ്ദേശിക്കുന്നത് ആ അതിന് മുഖോൾ കമലത്ത് പിന്നെ അങ്ങനെ കബലത്തിന്റെ ഒരു ഹരീസ് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഹലോ പുറമൂടെ പറയുന്നു ഹരീസ് കമല കമലത്തിനെ പറ്റി പറഞ്ഞ ഹരീസ് മറവിയൻ രാണിയന്നാഹുനെത്രീയപ്പെട്ടതാണ് രാജു തുണിയാഹന് പറയുന്നു അലിഹി വസ്തന്നമ്മ തങ്ങളോട് ഞാൻ ചോദിച്ചു അന്നാമത്താല വട ചാദിത്ത വസ്തു എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അപ്പ തങ്ങൾ പറഞ്ഞു നൂറു നബിക്ക് രാജാവിറെ لِن نَبِيرا نُورَاهُ آدَمَ بَدَأَ دِنُورُهُ خَلَقَهُ اللهُ تَعَالَى وَتَآلَى بَدَأَ ثُمَّ خَلَقَ مِنْهُ كُلَّ خَيْرٍ أَذِلَّنَا مَلاَ خَيْرٌ مُرَكَّبٌ وَخَلَقَ بَعْدَهُ كُلَّ شَيْءٍ اللهُ نُورُ بَدَأَ دِنُهُ ثُمَّ خَلَقَ كُلَّ وَقْتٍ وَنُورُهُ وَدِنُهُ هي مهينه مهينه قرطه الله نبي صلى الله عليه وسلم نورنا قدتപ്പോൾ अपा महु कुदा महु अल्लाह ने उम्बी निंचाल ही मकामिल क़ुर्बी क़ुर्बि न मकामिल बुंदाव न न मबाग बिमाग न न माफिलु लल्लू नताल अ मकामिल क़ुर्बी नर्तीन लरपतिना इस्तनत यासल अलफ गना 12000 कोल्लम امد عليه عرضه قطع من بن مالك اسمك مالك اسمك فحل كل عرضه من قسم ولقرصي من قسم وحملت العرض وخاطره القرصي من قسم امون اسم دوم نقول نورنا نالها جزء الرابع نالها جزء الرابع واقام الكم الرابع في مقام الذبي ിൽ നിർത്തി കൊല്ലം പിന്നെ അവിടെ അതിന് നാലോഹരി വെച്ചിട്ട് വൽ ജന്നത്തെ മൂന്ന് പഠിച്ചു ഇനി ഒരു അടവാക്കിണ്ട് വാക്കാമൽ കിസ്മർ റാബിയ അതിന്റെ നാലാ കിസ്മത്തിൽ മക്കാമിൽ ഹൌസിൽ നിർത്തി يتبينت هذا ثلاث الفا كان 12000 كلم ثم دعى على العربات هذه الزائل الذين قدناه لوجه زيد فخلق الملائكه من جزئين ومثن كمئين جزئين ملكا وملكا ثم من جزئين اجتت هو جاره وكين واقام الملك اسم الراد في مقام الرزائل ترت في يثلت اشبال وكان 12000 كلم പിന്നെ അതിന് വീണ്ടും നാലോഹരി വെച്ചിട്ട് പല കൽ ആക്കിന് ആക്കിന് ഒരു ജിസിന് പൊടിച്ചു ഹിൽമിന് ഒരു ജിസിന് പൊറിച്ചു ഹിൽമ് ഇസ്മത്ത് തൗബ മുതലായവ ഒരു ജിസീന്ന് പറിച്ചു അത് ആക്കലിനും ആലമിന് ഉണ്ടാകേണ്ട മൂന്ന് വസ്തുക്കളാണ് ഏതെല്ലാം ഹിൽമ് ഇസ്മത്ത് തൗബിൽ ഒന്നും സംഭവിക്കാതെ കണ്ടിങ്ങനെ സഹിച്ചു സഹനത്തിനാണ് ഹിൽമെന്ന് പറയും പിന്നെ ദോഷങ്ങളൊന്നും തെറ്റുകൊണ്ട് കാപ്പു സൂക്ഷിക്കലാണല്ലോ ദോഷം വന്ന പയ്യാരം അതിനുണ്ടെങ്കിൽ ജിസുവാക്കി വക്കാമൽ ഹയാ അതിന്റെ ഒരു ജിസുവെ കൊണ്ടുപോയിട്ട് ഹയാൻറെ മക്കാമിൽ നിർത്തിന പന്ത്രണ്ടായിരം കൊല്ലം അടി നിർത്തി തുമ്മ നഗറും അതിനെ കൊണ്ട കതില്ലിയായി ൂറ് എത്രാമോ ഓഹരിയാണത് തനത്തന്നെ ഓര് വെച്ച് കൊണ്ടുവരുന്നില്ല നാലോഹരി നാലോഹരി നാലോഹരി അത് അങ്ങനെ വേർത്തു അറക്കാൻ വേർപ്പിനാരി കത്തറ നിന്ന് മികത്തു അലത്തി മാറുഭാഗത്തും മരിതൂണ് ആൽക്കാൻ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം കത്തറ തടിൽ നിന്ന് കുറ്റിയപ്പോൾ ൂരി അമ്പിയാക്കളെ അറുവാഹിനെപ്പോഴത്തെ അപ്പൊ അമ്പിയാക്കട അവിടെ തുമ്മ തനപ്പസത്ത് അറുവാഹു നമ്പിയാ അമ്പിയാക്കട അറുവാഹി തനപ്പുറത്ത് ൂറല്ല ഔലിയായി വരുമുത്തി അതിൽ നിന്നാണ് ഔനിയാക്കൾ സുഹദാക്കൾ മോമിനിയുള്ള വെളിപ്പാടിന്റെ അരികാലെല്ലാം അമ്മാവരമത് അവടെ അതിൻ്റെ അമ്മാവിന്റെ നൂറാണെന്ന് കൊണ്ടുപറഞ്ഞിട്ടുണ്ടല്ലോ അതെന്തോ പുറത്തു തന്നെ പറഞ്ഞതല്ലേ ശ്രീ ഹരീസും തവീലിൽ അങ്ങനെ നീന്തൊരു ഹരീസാണിത് മഹാദൽ ഹനീസ് വൈകാൻ ഹരീസൻ ഈ ഹരീസ് നറീഫാണെങ്കിലും അതിനാ പിന്തുണക്കുന്ന ഒരുപാട് ഷാഹിദുകൾ വന്നിട്ടുണ്ട് ഷാഹിദ് വന്നാൽ ഉണ്ടാക്കും വിളപ്പു പോകും നൈപ്പായ ഹരീസന്നെ ഷാഹിദ് വന്നു ഷാഹിദ് വന്നാലുണ്ടാവും ചെറിയ ചേടിക്കണ്യെ പല ചേടിക്കണ്ണികളെ കൂട്ടി പിരിച്ചക്കാരാവില്ല അപ്പൊ ചേരി കണ്ണീൻ തുറക്കൊന്നും പോയില്ലേ എന്ന് പറഞ്ഞ മാതിരി ലൈഫിനെന്താ കുറെ സാഹിത്യങ്ങളൊന്നും അപ്പൊ ഈഹരിക്കാനുള്ള സാഹിത്യം ഒറ്റത്തലത്ത് ഉണ്ടാവണം എവിടെയാണോ അതിനെ പരിഹരിക്കാം ഒറ്റത്തൽ തന്നെ ആ നോക്കി കുറെ നായ് അന്നേരം പിന്നെ അത് ശക്തി കൂടില്ല ഒറ്റത്തൽ അപ്പൊ പകരം മൊത്തം നിക്കണോ ഇവിടെ ഇന്നത്തെ അന്ന ഈ നോക്കുന്നത് കൊണ്ട് പരിഹരിച്ചു മറ്റേ ദിവസത്തിങ്ങനെ പരിഹരിച്ചു അപ്പൊ തെലങ്കുമരുകയായിട്ട് നോക്കുമ്പോ മൊത്തത്തിൽ കണ്ടുപോയി അതിന് എല്ലാവരും കൂടുമ്പോൾ ഒരു ഹരി സ്ഥാനം വരും പെട്ടതാണ് ഹരി ഹരി റസൂണുമായി തള്ളുന്നോള പോരാക്ക് അറിയോ هذا سر برد الله قال الله تعالى وَأَنَ الَّذِي خَلَقَ اللَّهُ عَبَّلَ كُلِّ تِلِّيْءٍ نُورٍ لأنه نور الله سبحانه وتعالى يَنَّ النُور عَظِمَ عَيْفَرَشَّالَ لأنه نور يُعَنَ نُور فَأَنَا اللَّهُ سَعَلَقَ اللَّهُ سَجُودِ تِلْدُعَ نُورُ فَبَقَيَّ فِي سُجُودِهِ سَبْعَ مِيَةٍ يَعْمِنْ إِذْ نُورُ فَاللَّمُ عَنَ اذولوا فعموا السيئ ان تجد له نور ولا فخذ يا عمر الله تبارك عادما السجود يدل عنده نورا غنو يعني فخذو ورينه ذلك എന്നൊരു അർത്ഥം അല്ല ഇതിനെ കാണ വത്ര മറ്റൊന്നും പറയാനില്ല എന്നുണ്ട് സികായം രണ്ടാർക്കും കുഴിച്ചില്ല يعني يا عمر اتقدري من انا <تصحة> وقفي من الله galima انا അന അന വഖഫതു عَلَى الَّذِي كَلَّفَ لَنَا رُتْبَةً مِنْ نُورِ وَالْقُرْطِيُّ مِنْ نُورِ وَلَوْ هُوَ الْكَلَمُ مِنْ نُورِ وَالسَّنْتُ وَالْقَمَمُ مِنْ نُورِ وَنُورُ النَّبْطَالِ مِنْ نُورِ وَنُورُ الْأَكْلِ الَّذِي فِيهِ وُصِلَ الْقَلْبُ مِنْ نُورِ وَنُورُ الْمَاضِي بِتِي كُرُوبِ الْمُقِيمِينَ مِنْ نُورِ وَلَا صَخْرَا وَكُنْ كَمَا أَمَرَ اللَّهُ وَذَكَرَ الْوَرَقَ جِيمِي رَضِيَ اللَّهُ إِنَّهُ بَغَيْنُ فِي تَصْدِيرِ قَوْلِهِ قل ان كان للرحمن ولد فانا اول العابدين ان اايهتنا تفسيرل عادت تلك الايه جعفر استاذي رضي الله عنك الايه പറയുന്നു ഖൽ ወസീബി يقول الايه جعفر استاذي പറഞ്ഞു اول ما خلق الله نور محمد صلى الله عليه وسلم واله وسلم نور الله تعالى আদমเกิดതു എന്ന് امر كل شيء അതുപോലെ തങ്ങളുടെ പോലെ കുറച്ചുല്ലേ ചെറിയ ദറത്ത് പോലെയാണ് അർവാഹൻ എന്നാൽ പോലെ മാറ്റിയ وَعَبَّلُ مَا جَرَابِهِ الْقَلَمُ وَقَالَمُ نَرَدَدِ اللِّنْعَاةِ تَجِدَ النَّارِ دُّنُّوْا جَا إِلَهَ إِلَّا اللَّهُ محمد رسول الله صلى الله عليه وسلم النقرِمِ يَعُّ النَّارِ وَقَالَ مَرْتَجِي لِوَرَجِنُّوْا فِي تَرْسِيلِ اللَّهَ آيَةِ تَرْسِيلِ الْبَرَنُّوْا تِيهَا مَرْتَجِي لِوَرَجِ ല്ലേട്ടാ അണ്ടാവൂല്ലായിട്ടാഹുവിന്റെ അമിതാൻ എന്ന വിജയത്തിൽ അമ്പനിയായിരിക്കാതെ തങ്ങൾക്കാണ് അതുകൊണ്ടല്ലോ അമ്മാണ് അൽക്കാലം അമ്പോയത്തിലും അന്നാഹ് ചെയ്ത വിഷയത്തിൽ തങ്ങൾ അമ്പരാണത്വണ്ട് എല്ലാം വൻ ആസൂ അംബിയാക്കളിൽ നിന്ന് അവസാനം വന്നവർ എന്നാണ് വന്നാഹിരവും മജിദാത്ത കൊണ്ടു പ്രിയാമം നാല് വരെ വെട്ടിത്തിറങ്ങുന്ന മജിദാത്ത് കൊണ്ട് തങ്ങളുടെ ബാഹിരാണെന്ന് തങ്ങളെ മറക്കാനായിട്ട് കഴിയില്ല അമ്പിയാക്കളെ പൊറവചനികൾ കൂടി ബാഹിറാകും പൂർവ്വകാലത്ത് ടൗറാത്തിൽ ഇന്ത്യയിൽ കൂടിയും ബാഹിറാകും ഹീകത്തോ ഹീകത്തിന്റെ ആ അടമത്വം എത്രയുണ്ട് ഒരാസു കണ്ടെത്താങ്ങിയും പിന്നെ ബാധി ആണ് നമുക്ക് അതിന് പിന്തുഞ്ഞ് ഹസീകത്തൂന്ന് പറഞ്ഞില്ല കുഞ്ഞാ തങ്ങളെ ഹീക്കത്ത് ആയി കണ്ടെത്താങ്ങി പിന്നെ ഇശാറത്വൻ അതിന് മറ്റൊരു തങ്ങളുടെ ബുജൂർ തന്നെ ആദ്യത്തിലായിരുന്നു അനൂതിയത്തു കൊണ്ട് മാത്രമല്ല ബുജൂരി തന്നെ അതാണ് അതിൽ ചിലപ്പോണ്ടാക്കും സമ്മതിക്കാതെ കണ്ട് ഉജൂരാക്കി കുറച്ചു തരാൻ കഴിയുമല്ല അതല്ല ിൽ തന്നെന്താ അമ്മാവിന്റെ അതിൽ അടമിൽ നിന്ന് തങ്ങൾ പുറത്തേക്ക് വന്ന രീതി മാത്രമല്ല അമ്മാവ് മഹാനാ തജല്ലി തന്നെ അപ്പ ഇത്രയും ഒക്കെ അതിൽ പറയുന്നു وعلى, وعلى هذا يفرح من المحققون من الصوفية صوفيا لا يمحققون للعبن من البلد هذا يفرح من البلد حد الخلاف الله وانظر قول الله قولا لعارض القطب الكبير الشيخ عبد السلام بن مشيش رضي الله عنه أنه خلاص لنظم في تصلته المشهورة فرصده مع خلاص الله الله عز وجل അപ്പൊ അത്ര വ്യാഖ്യാനം അത്രാറിനോ എന്താ അള്ളാഹ് അലാമൻ لِنُثَقَتِ الاَضْرَارُ كَامِنَةٌ فِي ذَاتِهِ الْعَلِيَّةِ بُذُورًا وَانْبَلَكَ النَّنْوَارُ الْمُنْدَبِتُ فِي سُفُوحِ السَّمَاءِ ذَاتِهِ السَّنِيَّةِ بُذُورًا وَفِي هَذِهِ التَّقَائِيْقُ يَا مَنْ فِي يَدَيْ أَتَنْظُرُ إِلَى وَهْمٍ وَأَدَمٍ عَلَيَّ عَلَيَّ فَاعْدَمَ مِنَ مِيْذَاعِ الْمُلْكِ وَالْمَلَكُوتِ فِي زَهْرِ جَمَالِهِ الظَّاهِرِ مُورِقًا അപ്പൊ അവിടെന്താക്കി അസാറിന് അന്മാറിന് വ്യാഖ്യാതങ്ങളാക്കാൻ നമ്മളെ ആദ്യത്തെ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട് അക്റാറിന്റെ ഭാഗത്തിൽ അന്നവിടെ കൊടുത്തു ഒന്ന് അക്റാറ് മറ്റൊന്ന് അൻവാറ് അക്രാറിന്റെ അവിടെ എന്ത് ചെയ്യുന്നു നാട്ടിലേക്ക് ചേർത്തു അൻവാറിന് ചേർത്തുന്നു ഈ നാട്ടിയിൽ അണിയെത്തി മുതൂറാം അത്രാറും കാമിനത്തും ഈ നാട്ടിയിൽ അണിയത്തി മുതൂറാമൻ ആ പിന്നെ ു അതിനെ വ്യാഖ്യാനായിട്ടുള്ള മുമ്പ് അമ്മ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരു ദിവസം ചർച്ച കൊടുക്കുന്നത് അത് തന്നെയായിരുന്നു തുമ്മാന ഇത് ഉറക്കിപ്പോണെങ്കിൽ ഇത് ഇത് എല്ലാ സീരും അത് ആദ്യത്തെ പുറത്തേക്ക് ثم قال انا فعله امده فروا من الله ولا شيء الا وهو به منوت قرر شعيء من الله الا وهو آشعيء من الله به منوت به نبي صلى الله عليه وسلم طالب معي بعد فجد الله فلستهتهم الله وما رسلناك الله رحمة الله وكذا لو كانت الله تعالى ربط العالمين ربط هل هي ഏത് വല മുതലി അഹാനമീനും